കരുണയാലിനാണ്ടി എനക്കു കാക്ഷി തരുളിലെ റാൽ ഇരുണലി ഉലിൽ എങ്കിയേ പതത്തി ഉടൽ വിടൽ എൻ ഗതിയ അരുണനൈ കാണാതരുമോ കമലം അരുണനു കരുണനാമന് അരുണലീ സുരന്തരുവിയായും അരുണമാമലയനും അൻപേ അൻപുരുവരുണാചലവ അഴന്മെഴുഗായകത്തുണൈ നിനൈതുൈന്തുരുകും അൻപിലിയനു അൻപിനെയളാത് ആണ്ട് എനെ അഴിത്തിടൽൽ അഴകോ അൻപിനിൽ വിളയും ഇൻപമേ അൻപറകത്തിനിൽ ഊരുമാറമുദേഷ്ടമെന് ഇഷ്ടം ഇൻപക്കെൻ ഉയി ഇരയേ ഇരയു നിനയും എണ്ണമേ നാവനെ ഉനതരുളക്കയറ്റാവീ ഇരൈ ഉയി ഇൻ കൊന്റിനായ കുറയത്തിനൻ ഏഴൈ ഇരയിനിറയൻ കുറ്റയരാക്കിയെ വധത്തിടലെതർക്കിംഗ് ഇരുവനാം അരുണാചല എനമേതോ ഏകനായ് എനമുടിത്തേകനായ് വാഴിനീടൂഴി ഊഴിയിൽ വാഴും മക്കളിൽ എൺപാൽ ഊദിയം യാത്രായ് പാഴിനിൽ വീഴാതേഴയ കാത്ത് ഉൻ പദത്തിനിൽ ഇരുത്തി വൈത്തനയേ ണൈ അണ്ണലേ എണ്ണ അഹമികിടുമൽ വാഴിനി അരുടാ സലാ ഉണൈ വഴുത്തി വാഴത്തിട താഴത്തും എൻ തലയേ തലവനീ എെ കളവിനൊണന് താളിനിൽ ഇന്നാൾ വരൈ വൈത്തായ തലൈവ നന്മ എന്നു തലകുനി ശിലയ വൈത്തായ് തലൈവ നാൻ വളമാനൈ നികളവിനുക്ക് അഴിവാടിവായ തലൈവനാം അരുണാചലാം ഉളമേതോ തമിയനാ തനൈ ഉണർദർക്കേ തര നാളും താളി നിർ തണ്ടലർ മണ്ടുഗം ആനേൻ ചിപ്പതനേൻ ഉണ്മലർ അളിയായ് ചെയ്തിൽ ഉയതി ഉണ്ടുന്ദൻ നടപ്പത പോതിൽ നാണുവിട്ടാൽ നട്ട തൂണാകുൻപഴിയേ വെപ്പുരു അരുണവിരു കതിർ ഒളിയേ വിണ്ണിലും നുണ്ണരുൾവിയേ ാണ് ഭക്തി ഭഗവാൻ നമ്മളെയൊക്കെ തൻവശപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ ഭാഗവതവും മറ്റുമൊക്കെ കേൾക്കുന്നത് സത്സംഗത്തിൽ പ്രവേശിക്കുന്നത് ആ സത്സംഗത്തിൽ പ്രവേശിച്ച് ഭഗവത് അനുഭവത്തിനെ അല്പമൊന്ന് നുണഞ്ഞിട്ടുള്ള ജീവനം പിന്നീട് ലോകത്തിലേക്ക് അങ്ങോട്ട് പോവാൻ വയ്യ ഇങ്ങോട്ട് തന്നെ വരണം അപ്പോ ഭഗവത് അനുഭവം പൂർണ്ണമായി തീരാനായിട്ട് ീ ജീവൻ പലവിധത്തിലുള്ള സാധനകളും അനുഷ്ഠിക്കുന്നു എല്ലാ സാധനകളും എന്തിനാണ് ഇന്ദ്രിയ നിഗ്രഹം മനോനിഗ്രഹം പക്ഷെ ഇന്ദ്രിയ നിഗ്രഹം മനോനിഗ്രഹമൊക്കെ ചെയ്താലും ഇപ്പൊ ഒരു വീട് നല്ലവണ്ണം പെയിന്റ് അടിച്ചു വാതിലും ജനലും ഒക്കെ വെച്ചു നല്ല തുടച്ച് വൃത്തിയാക്കി വീട്ടിൽ കട്ടിലുണ്ട് ചെയറുണ്ട് എല്ലാം ക്ലീനായിട്ടുണ്ട് താമസിക്കാൻ ആളില്ലെങ്കിലോ അതുപോലെയാണ് ശമം ദമം ഉപരതി ശ്രദ്ധ സമാധാനം ഒക്കെയുണ്ട് അതിൽ വേറെ ഒരു എലമെന്റ് വേണം അതാണ് ഭഗവത് അനുഭൂതി എന്നുള്ളത് സ്വരൂപാനുഭവം എന്നുള്ളത് വിവേക വൈരാഗ്യാദി ഗുണങ്ങൾ സമ്പാദിക്കും തോറും വൈരാഗ്യത്തിനൊക്കെ തന്നെ പ്രയോജനം എന്താ ജ്ഞാനമാണ് പക്ഷെ ജ്ഞാനം ഉള്ളിൽ ഉണ്ടെങ്കിലും ജ്ഞാനം ദൃഢമാവണമെങ്കിൽ വിവേകം വൈരാഗ്യം ശമം ദമം എല്ലാം വേണം ഇത് രണ്ടും കോംപ്ലിമെന്ററി സപ്ലിമെന്ററി ആണ് ഒന്നുകൂടാതെ ഒന്ന് നിൽക്കില്ല ഒന്നുകൂടാതെ ഒന്ന് ലക്ഷ്യം എന്താണ് ജ്ഞാനാനുഭവമാണ് സ്വരൂപാനുഭവമാണ് ആ സ്വരൂപാനുഭവം ഉള്ളിൽ ഉണ്ടാവാം ഒരു സദ്ഗുരുവിനെ ആശ്രയിച്ച് തത്വോപദേശം നേടുന്നു അതാണ് അതിനുള്ള വഴി ശബ്ദത്തിൽ നിന്നും അപരോക്ഷമായ അനുഭവം ഉണ്ടാവുന്നു എങ്ങനെ തത്വമസി എന്നുള്ള ഒരു ശബ്ദം എന്ത് ചെയ്യും നമ്മളെ അത് വെറും വാക്കല്ലേ എന്ന് വെച്ചാൽ അത് വെറും വാക്കല്ല അത് ചിത്ശക്തിയാണ് യഥാർത്ഥത്തിൽ അനുഭൂതിയുള്ള ഒരു ആചാര്യം അതിതീവ്രമായ മുമുക്ഷുത്വമുള്ള ഒരു ജീവൻ ഉപദേശിക്കുമ്പോൾ അത് ചിത്ശക്തി ആയി പരിണമിച്ച് അപ്പൊ തന്നെ പ്രശ്നം അവസാനിപ്പിക്കും ഞാൻ ആ വസ്തുവാണ് അഹം ബ്രഹ്മാസ്മി എന്നുള്ളത് അനുഭവമായിട്ട് തീരും അറമയ്ക്ക് പ്രജ്ഞാനം തെളിഞ്ഞ് അനുഭവപ്പെടും ഭഗവാൻ അനുഭവത്തിൽ വരും പരീക്ഷത്തിന് വേറെ ഒരു സാധനയും ചെയ്യേണ്ടി വന്നില്ല മഹർഷി പറയണത് കേട്ടിരുന്നു അത്രയേ ഉള്ളൂ യാതൊന്നും ചെയ്തില്ല ഒരിടത്തെങ്കിലും ഭാഗവതത്തിൽ പരീക്ഷിച്ച് ജപിച്ചു എന്നോ ചെയ്യാൻ പോയി എന്നോ എന്താന്ന് ഈ ഏഴ് ദിവസത്തിൽ അതിനൊന്നും സമയമില്ല കഴുത്തിലും മൃത്യു പിടിച്ചിരിക്കുന്ന സമയത്ത് ആരിതൊക്കെ ചെയ്യും യാതൊന്നും സമയമില്ല പ്രാണായാമം ചെയ്തു എന്നോ അല്ല ഊണ് കഴിച്ചു വെള്ളം കുടിച്ചു എന്ന് പോലും അതിനുപോലും സമയമില്ല അത്തരത്തിൽ അതിതീവ്ര വിരക്തിയോടുകൂടെ പരീക്ഷിത് മഹാരാജാവിനാണ് ഈ അവധൂതോപാഖ്യാനം പറഞ്ഞു കൊടുക്കണത് ഇന്നലെ നമ്മൾ കണ്ടു പൃഥിവി വായു ആകാശം ആപ അഗ്നി ചന്ദ്രമാ രവി കപോതഹ അജകറ ഒമ്പത് ഗുരുക്കന്മാരെ കണ്ടു അടുത്തത് സിന്ധുഹു സമുദ്രം സമുദ്രത്തിൽ നിന്നും ഒരു പാഠം പഠിച്ചു എന്താന്ന് വെച്ചാൽ സമുദ്രത്തിനെപ്പോഴേ ആഴമുള്ളവനായിരിക്കണം ഈ അവധൂതൻ പറഞ്ഞു ഒരു ദിവസം ഞാൻ സമുദ്രക്കരയിൽ ചെന്നിരുന്നു സമുദ്രക്കരയിൽ ചെന്നാൽ ഇന്ന് ഞങ്ങളും ചെന്നിരുന്നു സമുദ്രക്കരയിൽ സമുദ്രം അലയടിക്കും ചിലയിടത്ത് ഒരുപാട് അലയുണ്ടാവും മദ്രാസിലൊക്കെ പോയാൽ ഒരുപാട് അലയുണ്ടാവും ഹരിപ്പാട് വരുന്ന വഴിയിൽ കണ്ടാൽ സമുദ്രം ഒരുപാട് അലയടിക്കും അലയടിക്കുമ്പോ കാരണമെന്താ അവിടെ ആഴമില്ല അതുകൊണ്ട് ധാരാളം അലയടിക്കും അതേപോലെ അകമയ്ക്ക് ജ്ഞാനത്തിന് ബലമില്ലെങ്കിൽ ചിത്രം കൂടുതൽ ചഞ്ചലമാവും എന്താണ് പ്രപഞ്ചം ഉണ്മയാണെന്ന് തോന്നും പ്രപഞ്ചത്തിലെ വസ്തുക്കളൊക്കെ ഉണ്മയാണെന്ന് തോന്നും അതിലെന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാനുണ്ടെന്ന് തോന്നും പലതും തോന്നും സമുദ്രത്തിനെ നടുവിൽ നോക്കുമ്പോ സമുദ്രം നിശ്ചലം സമുദ്രത്തിനോട് അവധൂതൻ ചോദിച്ചു ഹേ സമുദ്രമേ നീ എന്തിനാ ഇത്രയധികം അലയടിക്കണത് സമുദ്രം പറഞ്ഞു നടുവിൽ നോക്കൂ നടുവിൽ നോക്കുമ്പോ നിശ്ചലം എന്താ ആഴം കൂടുതലുണ്ട് നിശ്ചലം അതേപോലെ നമുക്കും അകമയ്ക്ക് ആഴമുണ്ടായാൽ അകമയ്ക്ക് നിശ്ചലത വരും ആഴം എന്ന് വെച്ചാൽ എന്താ ശരീരം മനസ്സ് ഇതൊക്കെ തള്ളിമാറ്റി അതിനൊക്കെ പുറകിലുള്ള ർത്തത്തിൽ ഉള്ളിലിറങ്ങിച്ചെല്ലാം വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാൻ ഒരു പേരാണ് മഹാഗർത്തഹ വലിയ കുഴി നന്ദി വലിയ കുഴി നല്ല ആഴമുള്ള പിറ്റ് ആ മഹാഗർത്തം നമ്മളുടെ ഉള്ളിലുണ്ട് അവിടെ പ്രപഞ്ചം മുഴുവൻ ഇല്ലാതായിട്ട് തീരും അപ്പോ അപ്പൊ ചലനമില്ലായ്മ ചേഷ്ടല്ലായ്മ വരും മറ്റൊരു തത്വം സമുദ്രത്തിൽ നിന്ന് പഠിച്ചു സമുദ്രക്കരയിൽ ഈ അവധൂതൻ ഇരിക്കുമ്പോ സമുദ്രത്തിൽ ഒരു പുല്ല് വന്ന് വീണു സമുദ്രം ഉടനെ അല എന്ത് ചെയ്തു ആ പുല്ലിനെ കരയ്ക്ക് കൊണ്ടുവന്നിട്ടു കുറച്ചു കഴിഞ്ഞപ്പോ കാറ്റടിച്ച് വീണ്ടും ചില പൊടി പേപ്പർ ഒക്കെ സമുദ്രത്തിൽ വീണു ഉടനെ സമുദ്രത്തിന്റെ അല ആ പേപ്പറും പൊടിയും ഒക്കെ കൊണ്ടുവന്ന് കരയ്ക്ക് കൊണ്ടുവന്നിട്ടു അപ്പൊ അവധൂതൻ ചിന്തിച്ചു ഈ സമുദ്രം എന്താ ഇത്രയധികം സ്വാർത്ഥമായിട്ട് ഇരിക്കുന്നത് ഇതിന് എത്ര വിശാലമായി അല്പ ഒരു കടലാസ് ഒരു എല ഒക്കെ കൊണ്ടുപോയാണ്ടാപ്പോ കൊണ്ടുകൊടുത്താൽ തിരിച്ചു കൊണ്ടുവന്നിടുന്നു അപ്പോ അതിൽ നിന്ന് ഒരു പാഠം പഠിച്ചു ഈ സമുദ്രം എന്നോട് പഠിപ്പിക്കുകയാണ് എന്നെ പോലെ ലോകത്തിൽ നിന്ന് ഒരു വസ്തു ഉള്ളിൽ കിടക്കാൻ അനുവദിക്കരുതോ എന്തെങ്കിലുമൊക്കെ പുറമേ നിന്ന് ഉള്ളിൽ കിടന്നാൽ അപ്പോ പുറമേ കൊണ്ടുപോയിടാം വിഷയങ്ങൾ പുറത്തിരിക്കട്ടെ വിഷയങ്ങൾ അകമേക്ക് വെള്ളം വെള്ളത്തിൽ കിടക്കട്ടെ വെള്ളം വെള്ളത്തിൽ കയറിയ വെള്ളം മുങ്ങും വിഷയങ്ങൾ പുറത്തിരിക്കട്ടെ വിഷയങ്ങൾ അകത്ത് പോയാൽ അപകടമാണ് അകത്ത് കടന്നാൽ എന്ത് വേണം ഈ അല കൊണ്ട് സമുദ്രം പുറമേക്ക് തള്ളിക്കളയുന്ന പോലെ വിവേകമാകുന്ന അല കൊണ്ട് ജ്ഞാനവിചാരമാകുന്ന എനി ഡിസ്റ്റർബിംഗ് എലമെന്റ് ദാറ്റ് എന്റേഴ്സ് ഇൻ യു ഷുഡ് ബി ത്രോൺ ഔട്ട് ഇൻസ്റ്റന്റ് ഇൻസ്റ്റന്റേനിയസ്ലി അപ്പൊ അങ്ങനെ പരിശീലിക്കണം എന്നുള്ള കാര്യം ഈ സമുദ്രം പഠിപ്പിച്ചു പിന്നെ എന്തൊക്കെ തന്നെ ജീവിതത്തിൽ സമൃദ്ധി വന്നാലും ഒരുപാട് തുള്ളി കളിക്കരുത് എന്തൊക്കെ തന്നെ നഷ്ടപ്പെട്ടാലും അതുകൊണ്ട് വ്യഥ വ്യസനിക്കരുത് എന്നുള്ള തത്വവും സമുദ്രത്തിൽ നിന്ന് പഠിച്ചു അത് കഴിഞ്ഞ് അഞ്ചു ഗുരുക്കന്മാർ കുരംഗ മാതംഗ പതംഗ മീന ബൃങ്ക അഞ്ചംഗം അതില് ഭാഗവിതത്തിൽ ആദ്യം പറയണത് പതംഗമാണ് പതംഗം എന്ന് വെച്ചാൽ വിളക്ക് പാച്ച മഴ പെയ്ത് കഴിഞ്ഞാൽ കൊളുത്തി വെച്ചാൽ ഇപ്പൊ ട്യൂബ് ലൈറ്റിലേക്കൊക്കെ അത് വരും കുറേ നേരം കഴിയുമ്പോൾ അത് ശത്തു അത് തീയിൽ വന്ന് വീഴും പഴയകാലത്തൊക്കെ തീയല്ലേ ഉള്ളൂ വിളക്കല്ലേ ഉള്ളൂ ആ വിളക്കിൽ വന്ന് വീണ് എരിഞ്ഞു പോവും ഈ വിളക്ക് കൊളുത്തി വയ്ക്കുമ്പോ വരുന്ന മഴ പെയ്യുന്ന സമയത്ത് ഭൂമിയിൽ നിന്ന് വരുന്ന പാറ്റ ആ പാറ്റ വിളക്ക് കണ്ടാൽ അതിന് സഹിക്കവയ ആ വിളക്ക് തീയിൽ പോയി വീണാൽ അത് എരിഞ്ഞു പോവും എന്നാലും അത് തീയിൽ പോയി കണ്ണ് അതിന്റെ മരണത്തിന് കാരണമാണ് കണ്ണ് ആകൃഷ്ടമായിട്ട് ആ തീയിൽ ചെന്ന് വീഴുന്ന പോലെ മനുഷ്യരും കർഷിക്കപ്പെടുന്ന വസ്തുക്കളിൽ ചെന്ന് വീണുപോകും തീയിൽ വീഴുന്ന പാച്ച പോലെ ഇവരും അവരുടെ അധ്യാത്മ ജീവിതത്തിനെ കളയും എന്തെങ്കിലും വസ്തുക്കൾ കാണപ്പെടുന്ന വസ്തുക്കൾ ആകർഷിച്ച് നമ്മളുടെ മനസ്സിനെ ചവലമാക്കി ശാന്തി ഇല്ലാതാക്കി തീർക്കും ദൃഷ്ട സ്ത്രീയം ദേവമായാം തദ്ഭാവൈ അജിതേന്ദ്രിയ പ്രലോഭിത പദത്യന്ധേ തമസ്യ അഗ്നവും പതങ്കവത് സാധാരണ അധ്യാത്മജീവിതത്തിന് എല്ലാവരും മുഖ്യമായി പറയുന്ന തടസ്സം എന്താ പുരുഷന്മാർക്ക് സ്ത്രീകൾ സ്ത്രീകൾക്ക് പുരുഷന്മാർ പുറമേക്കുള്ള രൂപം കണ്ട് ആളുകൾ മയങ്ങിപ്പോവും പുറമേക്കുള്ള രൂപം കണ്ട് ദ ബ്യൂട്ടി വിച്ച് ഇസ് ഓൺലി സ്കിൻ ഡീപ് അത് കണ്ട് മയങ്ങിപ്പോവും മയങ്ങിപ്പോയി ഇയാളുടെ മനസ്സ് ഭഗവാനെ വിട്ട് ഈ കാണുന്ന രൂപത്തിലേക്ക് അതാണ് പഴയ കാലത്തൊക്കെ ഋഷികൾ തപസ ചെയ്യുമ്പോ അപ്സര സ്ത്രീകൾ വരും പറയും അത് ഈ ചിത്രത്തിൽ വരുന്ന പോലെയല്ല എല്ലാ കാലത്തും അതും പഴയ പുരാണ കാലത്തിലും പഴയ കാലത്തിലും മാത്രമല്ല എല്ലാ കാലത്തിലും ഏതെങ്കിലും രൂപത്തിൽ ചലനമുണ്ട് ഭാഗവതം പറഞ്ഞു ദേവന്മാര് ഈ കലികാലത്തിൽ ഡയറക്റ്റായിട്ടൊന്നും വിഘ്നം ചെയ്യില്ല അത്രേ ദേവ ധാരാതിരൂപിണ എന്നാണ് ഭർത്താവിനെ തടസ്സം ചെയ്യണമെങ്കിൽ ഭാര്യയുടെ ഉള്ളിൽ പ്രവേശിക്കും ഭാര്യയെ തടസ്സം ചെയ്യണമെങ്കിൽ ഭർത്താവിന്റെ ഉള്ളിൽ പ്രവേശിക്കും അല്ലെങ്കിൽ മക്കളുടെ ഉള്ളിൽ പ്രവേശിക്കും അച്ഛന്റെ ഉള്ളിൽ പ്രവേശിക്കും അമ്മയുടെ ഉള്ളിൽ പ്രവേശിക്കും ഏതെങ്കിലും ഒരു ശരീരത്തിനകത്ത് ആവേശിച്ചിട്ട് ഇയാളുടെ അധ്യാത്മ പുരോഗതിക്ക് തടസ്സം ഉണ്ടാക്കുമെന്നാണ് ദേവന്മാർ ഡയറക്റ്റ് ആയിട്ടൊന്നും ചെയ്യില്ല ഈ കലിയിൽ ഡയറക്റ്റ് ആയിട്ടൊന്നും വരില്ല ഏതെങ്കിലും രൂപത്തിൽ വരും എന്നാണ് പരസ്പരം കാണപ്പെടുന്ന വസ്തുക്കൾ ദൃശ്യപദാർത്ഥം ഇപ്പൊ എല്ലാവർക്കും തന്നെ അവരവരുടെ വീട്ടിൽ അവരവർ തന്നെ വാങ്ങിവെക്കുന്നുണ്ടല്ലോ പ്രലോഭ പ്രലോഭിതാവ് പദ്ധതി അന്ധേ നമ്മൾ തന്നെ പ്രലോഭനത്തിനെ ടെലിവിഷൻ ടെലിവിഷം വീട്ടിൽ വാങ്ങിവെക്കുന്നുണ്ട് ക്രൂരദർശൻ അത് വീട്ടിൽ വാങ്ങിവെച്ച് ഈ പറയണ ഞാനാണെങ്കിലും ഇരുന്നു പോവും അതിന് പറ്റിയ രീതിയിലൊക്കെ സാമഗ്രികളൊക്കെ കാണിച്ച് സിനിമാ സിനിമാ സിനിമ രാവിലെ മുതൽ രാത്രി വരെ സിനിമ മുമ്പൊക്കെ ആവുമ്പോ കുറച്ചു നേരമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ എല്ലാ സമയവും രാത്രിയും പകലും എപ്പ വേണമെങ്കിലും ഏത് തരത്തില് വേണമെങ്കിൽ കാണാം എന്തൊരു അടക്കം കൊച്ചു കുട്ടികള് നാലഞ്ചു വയസ്സ് കുട്ടികൾ മുതൽ തൊണ്ണൂറ്റഞ്ച് നൂറ് നൂറ് വയസ്സ് മുത്തശ്ശൻ വരെ സകല പേരും അടങ്ങി ഒതുങ്ങി ഹൈലി ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരേ ഒരു സ്ഥലത്തേ ഇരിക്കുള്ളൂ അതിന്റെ മുമ്പിൽ എന്തൊരു ഡിസിപ്ലിൻ ആണ് അതിന്റെ മുമ്പിൽ ഇരിക്കുമ്പോ കൊതുക് കൊതുക് തോൽക്കുന്ന ഒരേ ഒരു സ്ഥലം കൊച്ചിയിലെ കൊതുക് പോലും തോറ്റു പോകുന്നു എന്താന്ന് വെച്ചാൽ ടോട്ടലി ലോസ്റ്റ് കൊതുക് കടിക്കുന്നതൊന്നും അറിയേയില്ല കൊതുക്കിനും അറിയാം ആ സമയത്ത് വേണം വന്ന് കടിക്കാൻ അതും ഫാമിലിയോടെ വരുമപ്പോ അപ്പൊ ദൃഷ്ട ദേവവായാം ദേവവാം തദ്ൈ പരസ്പരം ആകർഷിക്കുന്ന വസ്തുക്കളിൽ നിന്ന് ഒതുങ്ങി നിൽക്കാം ഏതേത് ഇവരെ ചലിപ്പിച്ച് ഭഗവത് ധ്യാനത്തിൽ നിന്നും ആത്മധ്യാനത്തിൽ നിന്നും ചുവട്ടിലേക്ക് തള്ളിയിടുമോ ആ വസ്തുക്കളിന്റെ പ്രലോഭത്തിൽ വീഴാതെ വീണാലോ തമസ്യഗ്നവും പതംഗവ ഇരുട്ടിൽ തീയിൽ പോയി വീഴുന്ന പാറ്റ പിന്നെ തിരിച്ചു വരുവോ അതുപോലെയാണ് ഈ ലോകത്തിലുള്ള പലേ വസ്തുക്കളിലും ചെന്ന് വീണു കഴിഞ്ഞാൽ ഭയങ്കരമാണ് അതിന്റെ പ്രലോഭനം അതിൽ വീണു കഴിഞ്ഞാൽ യോഷി ഹിരണ്യ അംബര ആഭരണ അംബരാദിഷു ദ്രവ്യേഷു മായാരചിതേഷു മൂഢ പ്രലോഭിതാത്മാഹി ഉപഭോഗ പതംഗവൻ നശ്യതി നഷ്ടദൃഷ്ടിഹി ബുദ്ധിശൂന്യനായ മനുഷ്യൻ അവൻ ചൈതന്യ സ്വരൂപനായി ഇരുന്നിട്ട് ജഡപപദാർത്ഥങ്ങൾക്ക് അടിമയായി സ്വയം തന്റെ ആത്മാനുഭവത്തിനെ നഷ്ടപ്പെടുത്തി കളയുന്നു എന്തൊക്കെയാ ജഡപദാർത്ഥങ്ങൾ യോഷി സ്ത്രീ സ്ത്രീ എന്ന് പുരുഷനും അടക്കം ഹിരണ്യം എന്ന് വെച്ചാൽ ആഭരണങ്ങൾ ആഭരണ അമ്പര അനേക വസ്ത്രം വാസ്തവത്തിൽ മനുഷ്യൻ എന്ത് വേണം ഉടുക്കാനൊരു വസ്ത്രം വേണം അല്ലെ ഈ ആഭരണം വിനോബാബാവെ ഗീതാപ്രഭാഷണത്തിൽ പറയണ ഒരിടത്ത് രജോഗുണം എന്നുള്ളതിന് പറയാണ് മനുഷ്യന്റെ രജോഗുണം ഇവനെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതിന് പറയാണ് സമുദ്രത്തിനുള്ളിൽ മുങ്ങിപ്പോവും എന്നിട്ട് അവിടുന്ന് കുറെ കുപ്പ പെറുക്കിക്കൊണ്ടുവരുന്നതാണ് മുത്ത എന്ന് പേരതിന് മണ്ണിന്റെ ഉള്ളിൽ കുഴിച്ചു കൊണ്ടുപോയിട്ട് അവിടുന്ന് കുറെ തളിയും പുറക്കിക്കൊണ്ടുപോയി അതിന് സ്വർണം എന്ന് പേര് പിന്നെ ഇതിന് എന്ത് ചെയ്യും വട്ടത്തിലും നീളത്തിലും ഒക്കെ ആക്കിയിട്ട് എവിടെയെങ്കിലുമൊക്കെ തൂക്കണമല്ലോ മൂക്കിലൊരു തോട്ടം തുളച്ചു ചെവിയിൽ രണ്ട് ഓട്ടം തുളച്ചു അവിടെ അവിടെ ഓരോ ദ്വാരം ഉണ്ടാക്കിയിട്ട് അവിടെയൊക്കെ കൊടുത്തിട്ടിട്ട് ഇടുക എന്നിട്ട് കുറച്ചു കഴിഞ്ഞാൽ ഇത് ആചാരമായിട്ട് മാറും പിന്നെ അതില്ലെങ്കിൽ ശരിയാവില്ല അതിനൊരാചാരത്തിന്റെ ഷേപ്പും ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അതിന് വേണ്ടിയിട്ട് ആരെങ്കിലും നമ്മളുടെ വീട്ടിലേക്ക് വരും ചെവി പിടിച്ചു വലിക്കും മൂക്ക് പിടിച്ചു വലിക്കും കഴുത്ത് പിടിച്ചു വലിക്കും അവർക്ക് വേറെ ആകർഷണം ഇതിനൊരു പ്രദർശനം നാല് പേരുടെ മുമ്പില് അവര് വിളിച്ചു വരുത്തുകയാണ് നമ്മള് അവര് വിളിച്ചു വരുത്തും മുഴുവൻ കുഴപ്പം ഇന്നലെയോ മിനിഞ്ഞാവുന്ന പത്രത്തിൽ കണ്ടു മലേഷ്യയിൽ എവിടെയോ മുരുകന്റെ പ്രതിമ ഉണ്ടാക്കിയിരിക്കുന്നത് എത്രയോ മീറ്റർ ഉയരത്തില് സ്വർണം കൊണ്ട് പ്രതിമ എങ്ങനെയുണ്ടാവും നാപ്പത്തിരണ്ട് മീറ്റർ ഉയരത്തില് സ്വർണം കൊണ്ട് പ്രതിമ ഉണ്ടാക്കിയാതെ എത്ര എത്ര എത്ര കോടി രൂപയുടെ ചെലവാണ് എത്രയോ മില്യൺ കോടി രൂപയുടെ ചെലവാണ് ഇങ്ങനെ നമ്മുടെ ആളുകൾ ഹിന്ദുക്കളൊക്കെ അമ്പലങ്ങളിൽ സ്വർണം കൊണ്ട് നിറച്ചിട്ട് എടുക്കാൻ വരുന്നവനെ എതിർക്കാനുള്ള ബലവുമില്ല ഉള്ളവരെയൊക്കെ വിളിച്ചു വരുത്തും വിളിച്ചു വരുത്തി അവര് നമ്മളുടെ അമ്പലമൊക്കെ തല്ലി പൊളിച്ചുള്ളതൊക്കെ എടുത്തുകൊണ്ട് പോകും എന്നിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും നമ്മളാണ് വിളിച്ചു വരുത്തുന്നത് ഇതുപോലെ ഒരു ഭഗവാന് വല്ലതും ഉണ്ടോ ഇത് വല്ലതും ഈശ്വരന് വല്ലത് വലതുണ്ടോ ഈശ്വരന് സ്വർണം വേണോ വല്ല ആഭരണങ്ങൾ വേണോ ഇതൊക്കെ നമ്മളുടെ കൽപ്പനയാണ് യോഷിത് ഹിരണ്യ ആഭരണ അമ്പരാദിഷു ദ്രവ്യേഷു മായാരചിതേഷു വെറും മായാരചിതം പിന്നെ എന്താ ചിലതൊക്കെ ചിലതിനൊക്കെ ഇപ്പൊ നോട്ട് ഫണമൊക്കെ വെച്ചു എന്തിനാണെന്ന് വെച്ചാൽ വ്യവഹാര സൗകര്യത്തിന് നിങ്ങളുടെ അടുത്ത് ഒരു സാധനമുണ്ട് ഞാൻ ഇത് തന്നാൽ നിങ്ങൾ എനിക്ക് തന്നാൽ എനിക്ക് ജീവിച്ചു പോവാം അതിനാണ് ഈ പണമൊക്കെ കണ്ടുപിടിച്ചത് പക്ഷെ ആ പണം ആ നോട്ടുകെട്ടിന് എന്തൊരു ശക്തിയാണ് എത്ര ഫോഴ്സാണ് ആരെയും പുറകെ നടത്തിക്കുന്നത് അല്ലെ മായാപഞ്ചകം എന്ന് ശങ്കരാചാര്യ സ്വാമികൾ അഞ്ച് ശ്ലോകം എഴുതിയിട്ടുണ്ട് അതിൽ പറഞ്ഞു സാധാരണ ആളുകളെ അല്ലാത്രെ ശ്രുതിശത നിഗമാന്ത ശോധകാനപി അഹ ധനാതിദർശനേന ഭൂയഹ കലുഷയതി ചതുഷ്പദാതി അഭിന്നാൻ അഘടിതഘടനാ പടീയ സീമായ എന്നാണ് കഴിയാത്തതൊക്കെ ഘടിപ്പിക്കുന്ന എന്ത് ചെയ്യുന്ന വെച്ചാൽ നൂറ്റിക്കണക്കിന് വേദവാക്യങ്ങളൊക്കെ എടുത്തു ചൊല്ലാൻ ശക്തിയുള്ളവരെ പോലും ഒരു കെട്ട് നോട്ട് ഇങ്ങനെ കാണിക്കോത്രെ എണീക്കുക എന്ന് പറഞ്ഞാൽ അവരെണീച്ചു നിൽക്കുന്നു ഇരിക്കുമെന്ന് പറഞ്ഞാൽ ഇരിക്കും അത് കാണിച്ചിട്ട് ധനാതിനിത ദർശനേന ഭൂയ കലുഷയതി എന്നാണ് കറപ്സ് എന്നിട്ട് എന്ത് ചെയ്യും ചതുഷ്പദാതി അഭിന്നാണ് നാൽക്കാലികളിൽ നിന്നും വേറെ അല്ലാതെ ആക്കി തീർക്കാം നാൽക്കാലികളെ പോലെ ആക്കി തീർത്തിട്ട് അഘടിതഘട്ടനാ പടിയ സി ഘടിപ്പിക്കാൻ കഴിയാത്തതൊക്കെ ഘടിപ്പിക്കും നമ്മൾ നോക്കുക നമ്മളുടെ സൗകര്യത്തിന് വേണ്ടി ചില സാധനങ്ങൾ ഇപ്പൊ പണം വേണ്ട പണം വേണം എന്തിനാ ജീവിക്കണമല്ലോ അരി വാങ്ങിക്കണം അവിടെ കൊണ്ടുപോയി കൊടുത്താൽ അയാൾ അരി തരും അല്ലെങ്കിൽ പച്ചക്കറി വാങ്ങിക്കണം അവിടെ കൊണ്ടുപോയി കൊടുത്താൽ പച്ചക്കറി തരും ഒരു ഉപയോഗത്തിന് വ്യവഹാരത്തിനുള്ള സാധനം അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നാൽ സമൂഹം നന്നായിരിക്കും പക്ഷെ അതിലൊക്കെ ചെന്ന് പറ്റിക്കൂടി മനസ്സിൽ അതിനെയൊക്കെ ഭാവന ചെയ്ത് ഒന്നും കയ്യിലില്ല ഭർത്തകരി പറയണോ ഒന്നും കയ്യിലില്ലാത്ത എന്നാലും രാത്രി സ്വപ്നത്തിൽ നോട്ട് ഇങ്ങനെ എണ്ണ പോലെയും വലിയ മണിമാളിക കെട്ടിയ പോലെയും ഒക്കെ സ്വപ്നം ഈ മെന്റൽ ഡ്രീമിംഗ് അബൗട്ട് ഇറ്റ് അവിടെയാണ് പ്രോബ്ലം ആവശ്യത്തിന് വ്യവഹാരത്തിന് എല്ലാം ഉപയോഗിക്കാതെ ആർക്കും ഒന്നും ജീവിക്കാൻ വയ്യ വ്യവഹാരത്തിന് ഉറങ്ങണോ ഒക്കെ വേണം പക്ഷേ ഇതിൽ ചെന്ന് പറ്റിക്കൂടിയിട്ട് ഉപഭോഗബുദ്ധ്യ പതത്തി പതംഗവന്ഷതി നഷ്ടദൃഷ്ടി നമ്മളുടെ ലക്ഷ്യം എന്താണെന്ന് മറന്നു കളഞ്ഞ് ശാന്തിയെ നഷ്ടപ്പെടുത്തി ഭഗവാനെ മറന്നു കളഞ്ഞ് ഈ ജഡപദാർത്ഥങ്ങളിലൊക്കെ പോയി വീണ് മനുഷ്യൻ ഈ തീയിൽ വീഴുന്ന പാറ്റ പോലെ നശിച്ചു കണ്ണ് കണ്ണാണല്ലോ അതിന് കാരണം അല്ലെ നോക്കിക്കൊണ്ടേയിരിക്കും ചിലർ അമ്പലത്തിൽ വന്ന സ്വാമിയേ നോക്കില്ല അടുത്തിരിക്കുന്ന ആളെ എന്ത് പട്ട് സാരി കൊടുത്തിട്ടുണ്ട് കഴുത്തിൽ എന്ത് ആഭരണ ഇട്ടിട്ടുണ്ട് ആളുകൾ ഏത് കാറിൽ നിന്ന് വരുന്നു ഓരോരുത്തർക്കും ഓരോ ഭ്രമമാണ് ഇത് ഓരോന്നിലേക്കും ശ്രദ്ധിച്ച് അവസാനം ഗുരുവായൂരപ്പനെ മറന്നുപോയി അയാളെ പിടിച്ച് തള്ളി വിട്ടു അപ്പൊ വേറെ എവിടെയോ നോക്കിക്കൊണ്ടിരുന്നു എന്നാണ് പതങ്ക പന്നശതി ജീവിതം പോയി പോവും മീനെയെ പോയി പോവും സ്തോകം സ്തോകം ഗ്രസേത് ഗ്രാസം ദേഹോ വർദയാവതാം ഗൃഹാൻ അഹിംസൻ ആതിഷ്ടേത് വൃത്തിം മാധുകരീം മുനി അടുത്തത് ഈ വണ്ട് ഭ്രമരം തേൻ വണ്ട് അതിൽ നിന്നും പല പാഠങ്ങളാണ് അതിലൊരു പാഠം തേൻ വണ്ട എന്ത് പലേ പുഷ്പങ്ങളിലേക്കും ചെല്ലുന്നു ഹണി ബി അത് പല പുഷ്പങ്ങളിലും ചെന്ന് തേനെടുക്കുന്നു കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ആ പുഷ്പത്തിനെ കേടുവരുത്തില്ല ആ പുഷ്പത്തിൽ ഭംഗിയായിട്ട് ഇങ്ങനെ പറന്നു നിന്ന് അതിൽ നിന്ന് തേനെടുത്ത് അതിനെ ബുദ്ധിമുട്ടിക്കാതെ അടുത്ത പുഷ്പത്തിൽ പോയി തേനെടുത്ത് അടുത്ത പുഷ്പത്തിൽ പോയി തേനെടുത്തു അതേപോലെ മുനികൾ ഭിക്ഷുക്കൾ അഥവാ ഭാഗവതന്മാരൊക്കെ അനേകം ഗൃഹസ്ഥന്മാരുടെ വീട്ടിലേക്ക് വീട്ടിലേക്ക് പോകുമ്പോ എങ്ങനെ ജീവിക്കണം എന്ന് പറയാം സ്തോകം സ്തോകം ഗ്രസേത് ഗ്രാസം അല്പ അല്പ അല്പമായിട്ട് പലരിൽ നിന്നും ആഹാരമോ അല്ലെങ്കിൽ ധനമോ അവർക്ക് ജീവിക്കാനുള്ള വകയോ അല്പ അല്പം സ്വീകരിക്കാം ഈ പുഷ്പത്തിൽ നിന്നും തേൻ സ്വീകരിക്കുന്ന പോലെ ആ പുഷ്പത്തിന് കേടുവരാത്ത വിധത്തില് ആ പുഷ്പത്തിന് വലിയ അനുഗ്രഹം ചെയ്യുന്നു ഈ തേൻ കണ്ട് പ്രകൃതിയിൽ പരസ്പരം ഒന്നും നാശമില്ല അതേപോലെ ഈ ഗൃഹസ്ഥനെ അനുഗ്രഹിക്കുന്ന ഈ സാധു ഗൃഹസ്ഥന് വേണ്ടി ജീവിക്കാനുള്ള ഉപദേശങ്ങളോ അല്ലാ കേവല ദർശനമാത്രം കൊണ്ട് അവനെ അനുഗ്രഹിക്കുകയോ ചെയ്യുന്ന സാധു ഈ ഗൃഹസ്ഥനിൽ നിന്നും ഭിക്ഷയോ ജീവിക്കാൻ വേണ്ടത് എന്തെങ്കിലുമൊക്കെ സ്വീകരിക്കുമ്പോ അയാളെ ആകപ്പാടെ ഫാമിലി അത് ഒരു സന്യാസി വന്നു വന്നിരുന്നു തിരിച്ചു പോകുമ്പോ അവിടുത്തെ ആ ഗൃഹസ്ഥൻ ബാപ്പറായി എന്ന് വെച്ചാൽ അങ്ങനെ രൂപ തന്നാലേ ഞാൻ വരുള്ളൂ എന്ന് പറഞ്ഞാൽ ആ ഗ്രഹസ്ഥന്റെ കാര്യം പോക്കായി അപ്പോ ഇവിടെ യതിധർമ്മത്തിന് പറയാ പല സ്ഥലങ്ങളിൽ നിന്നും ഗ്രഹിക്കുമ്പോ സ്തോകം സ്തോകം അൽപ്പ അല്പമായിട്ട് ത്യാഗരാജസ്വാമികൾ ഭിക്ഷയെടുത്ത് ജീവിച്ചിരുന്നു ഉഞ്ചവൃത്തി ഉഞ്ചവൃത്തി എടുക്കുമ്പോ അവരവരുടെ വീട്ടിൽ ഒരു പിടി അരി പാത്രത്തിൽ ഇട്ടുകൊടുക്കും അത് ആഴ്ചയിൽ എത്രയോ ദിവസം ഭിക്ഷ ഉച്ചവൃത്തി ചെയ്യും അതുകൊണ്ടാണ് ജീവിക്കുന്നത് ഗൃഹസ്ഥനാണ് ഒരിക്കൽ രാജാവ് കണ്ടു സ്വാമികൾ ഈ ദാരിദ്ര്യത്തിൽ ഇരിക്കുന്നത് കണ്ട് രാജാവിന് സഹായിക്കണം ആഗ്രഹം രാജാവ് പലവട്ടം ധനം കൊണ്ടു കൊടുത്തും സ്വീകരിച്ചില്ലേ ആ സ്വാമികൾ അപ്പൊ തന്റെ ഭടന്മാരോട് പറഞ്ഞു ആരും അറിയാതെ സ്വാമികളുടെ പാത്രത്തിൽ അല്പം ഗോൾഡ് കോയിൻസ് കൊണ്ടുചെന്ന് ഇട കോയിൻ കൊണ്ടുചെന്ന് അതേപോലെ ഭടൻ സ്വാമികൾ ഉഞ്ചവൃത്തി എടുത്തുകൊണ്ടു പോകുമ്പോ പാടിക്കൊണ്ടേ പോകുന്നു പുറകെ ചെന്ന് പാത്രത്തില് കുറച്ച് സ്വർണ്ണ കോയിൻ ഇട്ടു കുറച്ചു നേരം കഴിഞ്ഞ് ശബ്ദിക്കുന്നുണ്ട് ഇതെവിടുന്ന് വന്നു സ്വാമികൾ ചോദിച്ചു രാജാവിന്റെ ഭടന്മാര് കൊണ്ടുവന്ന് ഇട്ടതാണ് ഇതിലുള്ള അരിയും അശുദ്ധമായി എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊണ്ട് കാവേരിയിൽ കൊണ്ടുപോയിട്ടുണ്ട് വൈരാഗ്യം വൈരാഗ്യം അങ്ങനെ ഒരു വൈരാഗ്യം യതികളിൽ കാണുമ്പോ അവരുടെ അടുത്ത് ഗൃഹസ്ഥന്മാർക്കും ഒരു ഭാവം ഉണ്ടാവും അപ്പൊ സ്തോകം സ്തോകം ഗ്രസേത് ഗ്രാസം ദേഹോവർത്തേതയാവത ശരീരം അവർക്കും ജീവിക്കണമല്ലോ യതികൾക്ക് ജീവിക്കണമല്ലോ അപ്പൊ അതുകൊണ്ട് എവിടെ അവർക്ക് അവരെ നിർബന്ധിക്കാതെ അവരെ കൊണ്ടാവുന്ന ഭക്ഷണമോ അവരെ ആവുന്ന വിധത്തിലുള്ള സഹായമോ മാത്രം സ്വീകരിക്കുക ഗൃഹാന് അഹിംസന് ഒരു ഗൃഹത്തിനെയും യതി ഹിംസിക്കരുത് എന്നാണ് പരമഹംസ സന്യാസികൾക്കൊരു വ്രതം ഭിക്ഷ എടുക്കാൻ പോകുമ്പോ സന്യാസികൾ പരമഹംസ സന്യാസികൾ രണ്ട് വിധത്തിൽ ദണ്ഡി സന്യാസികളുടെ നിയമം എങ്ങനെയാന്ന് വെച്ചാൽ അവര് സാധകസ്ഥിതിയിലിരിക്കുന്നതായതുകൊണ്ട് അവർക്കൊരു നിയമം എന്താണെന്ന് വെച്ചാൽ അവരെല്ലാ ആഹാരമൊന്നും കഴിക്കരുത് ആര് കൊടുത്താലും എവിടെ പോയാൽ ആഹാരം കഴിക്കാന്നുള്ള നിയമം അവർക്കല്ല അവർക്ക് അവർ സന്യാസം കൊടുത്ത് ദണ്ഡം കൊടുത്തിരിക്കുമ്പോ അവർക്ക് നിയമം ഏത് ഗൃഹസ്ഥൻ അവരെ വിളിച്ച് ദേവതയ്ക്ക് പോലും പൂജിക്കാത്ത അന്നം കൊടുക്കണം ശുദ്ധമായിട്ട് അവർക്ക് കൊടുക്കണമെന്നാണ് അവർക്ക് നിയമം എന്നുവെച്ചാൽ ആരും ഭക്ഷിച്ച അന്നമായിരിക്കരുത് പക്ഷെ പരമഹംസ സന്യാസികൾക്കുള്ള നിയമം വീടുകളിലേക്കൊക്കെ നോക്കും പഴയകാലത്ത് അടുപ്പ് പുറമേക്ക് പുക വരും അപ്പോ ആ പുക വന്നിട്ട് പുക കെട്ടിട്ട് ഒരു മൂന്ന് നാല് മണിക്കൂർ കഴിഞ്ഞ് ആ വീട്ടിലേക്ക് പോവാണ് എന്ന് വെച്ചാൽ അതിലുള്ളവരെല്ലാരും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും എന്ന് ഉറപ്പുവരുത്തിയിട്ട് അവിടെ പോയിട്ട് ഭക്ഷണം വാങ്ങിക്കുക ഇത് പരമഹംസ സന്യാസികൾക്കുള്ള നിയമം അങ്ങനെ ഗൃഹാനഹിംസൻ ഒരു വീട്ടുകാരെയും ഹിംസിക്കാതെ അവർക്ക് കഷ്ടം വരാതെ അവരെ കൊണ്ടാവുന്നതിൽ അധികമൊന്നും സ്വീകരിക്കാതെ കൂടുതലൊന്നും സ്വീകരിക്കാതെ വൃത്തിയും മാധുകരിയും മുനിഹി മധുകരൻ എന്ന് വെച്ചാൽ തേൻ ഉണ്ടാക്കുന്ന വണ്ട് ആ വണ്ടിനെ പോലെ പുഷ്പത്തിന് ഹിംസിക്കാതെ തേനെടുത്ത് ചേർക്കണ പോലെ ഈ യതിയും ആരെയും ഹിംസിക്കാതെ അവരിൽ നിന്നും സ്വീകരിക്കും അങ്ങനെ അണുഭ്യസ് മഹദ്ഭ്യസ് വേറൊരു തത്വം പഠിച്ചു ആ തേൻ വണ്ടിൽ നിന്നും തന്നെ അല്പമായിട്ടും ധാരാളമായിട്ടും നമുക്ക് ജ്ഞാനം വേണം അതായത് നമ്മളുടെ അധ്യാത്മവിദ്യ പൂർണ്ണമാകണമെങ്കിൽ ബുദ്ധിയിലും ജ്ഞാനം വേണം അനുഭൂതിയിൽ ജ്ഞാനം വരുന്നതിന് മുമ്പ് ജ്ഞാനം വിജ്ഞാനം ആദ്യം ശാസ്ത്രജ്ഞാനം വേണം പിന്നെ അനുഭവജ്ഞാനം വേണം ശാസ്ത്രത്തിന്റെയും മർമ്മം നമുക്ക് പുസ്തകം വായിച്ചത് മാത്രം കിട്ടില്ല പലരും ആദ്യം തന്നെ പറയുന്നു പുസ്തകമൊന്നും വായിച്ചിട്ടൊന്നും കാര്യമില്ല പുസ്തകം വായിച്ചിട്ട് എന്ത് കിട്ടും അത് പുസ്തകം വായിച്ചിട്ട് പറയാനുള്ളതാണ് അതിനുശേഷം ശാസ്ത്രത്യാഗം ചെയ്യാം പക്ഷേ ശാസ്ത്രത്യാഗം എങ്ങനെ ശാസ്ത്ര പഠനം എങ്ങനെ ഇന്നത്തെ കാലത്തെ പോലെ ഒന്നും നമ്മളുടെ ട്രഡീഷണൽ ആയിട്ട് പഠിക്കുന്നവർ ഇത്രയൊന്നും പുസ്തകമൊന്നും വായിക്കില്ല ഇന്ന് ആളുകൾ വായിക്കുന്നതിന്റെ നൂറിലൊരംശം പോലും നമ്മളുടെ പരമ്പരയായി പഠിച്ച ആളുകൾ വായിക്കില്ല അവരുടെ ഓർമ്മയൊക്കെ കണ്ടിട്ട് അവർക്ക് ഇത്രയധികം ശ്ലോകവും ഇതും ഒക്കെ എവിടുന്ന് ഓർമ്മ നിൽക്കണമെന്ന് നമ്മൾ അത്ഭുതപ്പെടും അവർക്ക് ഓർമ്മ നിൽക്കാൻ കാരണം അവർ വളരെ കുറച്ചേ പഠിക്കുകയുള്ളൂ ആവശ്യമുള്ളത് ഒരു മൂന്ന് നാല് ഗ്രന്ഥം നല്ല ആഴത്തില് തമിഴിൽ കൃപാനന്ദ പ്രഭാഷണം ചെയ്യുമ്പോ പറയും പഴയ കാലത്തിലുള്ള ആളുകൾ ആഴത്തിൽ പഠിച്ചിരുന്നു ഇന്നത്തെ ആളുകൾ പരന്ന് പഠിക്കണോ പരന്ന് പഠിക്കണമെന്ന് പറഞ്ഞിട്ട് പറയും ന്യൂസ് എന്നാണ് പരന്ന് ോ റീഡിംഗ് ആൻഡ് ഡീപ്പ് റീഡിംഗ് ശാസ്ത്രം പഠിക്കുമ്പോ പഴയകാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് ഗ്രന്ഥം അവരുടെ സമ്പ്രദായം എന്താണോ അന്ന് പുസ്തകവും ഇല്ലല്ലോ പ്രിന്റിംഗ് സൗകര്യമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രന്ഥം ശരിക്കും അഭ്യസിക്കുന്നത് തന്നെ തപസ്സാണ് അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ധാരാളം ശാന്തി വരും ഇന്ന് ലൈബ്രറിയിൽ പോയി സകല കുപ്പയും വാരി തെന്നിട്ട് അവസാനം നോക്കുമ്പോ ഒന്നും അറിയില്ല ഒരു ട്രാക്കിലുള്ള ലേണിങ്ങേ ഇല്ല ഒരു ട്രാക്കിലുള്ള പഠിക്കലേ ഇല്ല ഒരു ട്രാക്കിൽ ഒരു ശാസ്ത്രം എന്ന് വെച്ചാൽ ഇപ്പൊ ഗീത ഭാഗവതം ഉപനിഷത്ത് എന്തെങ്കിലും ഒന്ന് ആഴത്തിൽ ഒന്ന് ശരിക്കും ശാസ്ത്രജ്ഞാനം ഉണ്ടെങ്കിൽ വേണ്ടില്ല ആ ശാസ്ത്രജ്ഞാനം ശരിക്കും അങ്ങില്ല സൂപ്പർ ഫ്ലുവസ് ആയിട്ട് അവിടുന്ന് ഇവിടുന്ന് അവിടുന്ന് ഇവിടുന്ന് അവിടുന്ന് ഇവിടുന്ന് ഈ ആട് പുല് തിങ്ങണ പോലെ കുറേ കടിച്ചു എന്നിട്ട് അഭി ചില സ്റ്റേറ്റ്മെന്റും ഇറക്കി വിട്ടുകളയും ആഹപ്പാടം കുഴപ്പമായി നമ്മളുടെ ബുദ്ധിയും കൺഫ്യൂസ്ഡ് ആവും ഒരേ ശാസ്ത്രം കുറച്ചേ ഉള്ളൂ പഠിക്കാൻ അല്പമേ ഉള്ളൂ ഒരുപാടൊന്നും പഠിക്കാനല്ലേ വളരെ അല്പം പക്ഷെ ആ പഠിക്കണത് ആഴത്തില് പഠിക്കാം പഠിച്ചാൽ നമുക്ക് എന്താണ് ലക്ഷ്യം എന്ന് തെളിഞ്ഞു കിട്ടും അതാണ് എപ്പോഴും ശ്രുതിയെ ആശ്രയിക്കാന്നാണ് ഉപനിഷത്തിനെ ആശ്രയിക്ക ഗീതയെ ആശ്രയിക്ക അവിടെയാണ് വ്യക്തമായിട്ട് വസ്തുതത്വം പറയപ്പെട്ടിരിക്കുന്നത് ഭഗവത്ഗീത ഉപനിഷത് ഭാഗവതമൊക്കെ പിന്നീട് മതി എന്താന്ന് വെച്ചാൽ ഗീതയും ഉപനിഷത്തും ഒക്കെ എന്ത് പറയണു എന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഭാഗവതം എന്ത് പറയണു എന്ന് പിടിക കിട്ടില്ല ഗീതയും ഉപനിഷത്തും നമ്മളുടെ ആചാര്യന്മാരുടെ വചനങ്ങളും നല്ലവണ്ണം തെളിഞ്ഞിട്ട് നേരം പോക്കിന് കാഷ്വൽ ബുക്ക് റീഡിംഗ് സ്പിരിച്വൽ ബുക്ക് റീഡിംഗ് അതും കുഴപ്പമില്ല പക്ഷേ ഈ വസ്തു നല്ലവണ്ണം തെളിച്ച് ഉറപ്പിച്ച് ഫൗണ്ടേഷൻ അടിത്തറ നല്ല ബലമായിട്ടുണ്ടാവും എന്നിട്ട് അപ്പൊ ചിലപ്പോ ശാസ്ത്രത്തിൽ സംശയം വരും ശാസ്ത്ര ആഴത്തിൽ പഠിക്കുമ്പോ ക്ലാരിറ്റി ചിലയിടത്ത് നമുക്ക് വേണ്ടി വരും അപ്പൊ എന്ത് ചെയ്യും പലയിടത്തു നിന്നും പല ആചാര്യന്മാരും ഇതിനെക്കുറിച്ച് എന്ത് പറയണു എന്ന് കേൾക്കുമ്പോഴും അടുക്കുമ്പോഴും നമ്മളുടെ അനുഭവത്തിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ഒക്കെ കുറച്ച് കുറച്ച് കുറച്ച് യു വിൽ ഗെറ്റ് ക്ലാരിറ്റി കുറച്ചു കുറച്ചായിട്ട് തെളിച്ചം കിട്ടും ഈ നമ്മളുടെ അനുഭവത്തിലുള്ള വസ്തു തന്നെ തെളിഞ്ഞു തെളിഞ്ഞു തെളിഞ്ഞു തെളിഞ്ഞു വരും പലരിൽ നിന്നും നമുക്ക് ക്ലാരിറ്റി കിട്ടും അത് ഈ തേൻ വണ്ട് പുഷ്പത്തിൽ നിന്നും തേനെടുക്കുന്ന പോലെ പലയിടത്തു നിന്നും അറിവിനെ ശേഖരിച്ച് പൂർണ്ണമാവുക എന്നുള്ളത് ഈ ഭ്രമരത്തിൽ നിന്നും പഠിച്ചു അടുത്തത് വീണ്ടും പറഞ്ഞു ഭിക്ഷു ഭിക്ഷു ഒന്നും ശേഖരിച്ചു വെക്കരുത് എന്നാണ് ചില സ്വാമിമാരെ വെച്ചാൽ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കിട്ടിയാൽ അത് കഴിച്ചിട്ട് അപ്പൊ എല്ലാവർക്കും കൊടുത്തു അവരൊന്നും കയ്യിൽ വെക്കില്ല ശേഖരിച്ചു വെക്കുക എന്നുള്ളതില്ല സായന്തനം ശ്വസ്തനം വാന സംഗ്രീത ഭിക്ഷിതം പാണിപാത്രോ ഉദരമാ ഉദരാമ ഉദരാമാ ഉദര ഉദരമാത്ര ഉദരം തന്നെ പാത്രം പാണിപാത്രനായിട്ടും ഉദരത്തിൽ അന്നം ശേഖരിച്ചുകൊണ്ടും ഭിക്ഷു യാതൊന്നും തന്റെ കൈവശം വെച്ച് ജീവിക്കരുത് മക്ഷികേവന സംഗ്രഹി ഈ തേൻ വണ്ടുപോലെ തന്നെ സംഗ്രഹിച്ചു വെച്ചാൽ എന്താവും ഈ തേന് ബെനക്കെട്ട് ശേഖരിക്കും ലാസ്റ്റിൽ ആരെങ്കിലുമൊക്കെ കൊണ്ടുപോകും ഇതിനെ കൊന്നിട്ടോ പുകച്ചിട്ടോ തേനും കൊണ്ടുപോകും മാറി അതുമാതിരി ചില ആളുകളുണ്ട് ജീവിതം രൂപം പണം ശേഖരിച്ചുകൊണ്ടേയിരിക്കും ഓരോ പൈസ ഓരോ കോയിനായിട്ട് എടുത്തെടുത്ത് വയ്ക്കും ശേഖരിച്ച് ശേഖരിച്ചു വയ്ക്കും ചില ആളുകൾക്ക് അതാണ് രാവിലെ ജപവും തപവും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്ന് നാല് പാസ്ബുക്ക് എടുത്ത് വെച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഒരു സുഖം അവര് സേഫ് ഡെപ്പോസിറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അതൊക്കെ ഇങ്ങനെ വരി വരിയായിട്ട് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുക പിന്നെ വേറൊരു ഏർപ്പാടുണ്ട് ഇപ്പൊ ടി വിയിൽ തന്നെ ഷെയർ മാർക്കറ്റ് ഇതൊക്കെ അവസാനം ആരായി ഈ ഷെയർ മാർക്കറ്റ് നോക്കണത് ശതാഭിഷേകം കഴിഞ്ഞ ആള് എപ്പോഴാ യവം വിളിക്കാൻ പോണെന്ന് അറിയില്ല അപ്പോഴാണ് ഈ ഷെയർ മാർക്കറ്റ് തമാശയായിട്ട് പറയില്ല ഇതാണ് നടക്കുന്നത് ഒരുപാട് സ്ഥലത്ത് കണ്ടുകഴിഞ്ഞു ഒരുപാട് വയസ്സായി കഴിഞ്ഞു അപ്പോഴും കയ്യിലൊരു ജപമാലിയും വേറെ ഇതിന്റെ ഇടയിൽ ഇവരെന്ത് വേണോ അറിയോ ജപമാലിയും വെച്ചുകൊണ്ട് ഷെയർ മാർക്കറ്റ് നോക്കിക്കൊണ്ടിരിക്കുക ആളെ പറ്റിക്കുകയാണ് വെറും ഹിപ്പോക്രസി ജപം പൂജ എന്നിട്ട് ജീവിതം മുഴുവൻ ഇങ്ങനെ യക്ഷവിത്തം പോലെ ഇങ്ങനെ ശേഖരിക്കും എന്നിട്ട് എന്താവും ഇത് ആരും അനുഭവിക്കും അവസാനം എന്താവും ഈ പണത്തിന് വേണ്ടിയിട്ട് തന്നെ മക്കൾ തമ്മിലാക്കി അച്ഛൻ ഓൾഡ് ഏജ് ഹോമില് ഭിക്ഷുവിനും കൂടുതൽ ഒന്ന് ശേഖരിച്ചു വയ്ക്കുക എന്നുള്ള സ്വഭാവമേ വരരുത് അതുകൊണ്ട് നസംഗൃണ്ണീത ഭിക്ഷിതം എന്ന് പഠിച്ചു ഇത് ഇതൊക്കെ തന്നെ ഈ തേൻവണ്ടിൽ നിന്നും പഠിച്ചതാണ് അടുത്തത് ആന ആന വളരെ സെൻസിറ്റീവാണ് നമ്മൾ വലിയ മൃഗമായിട്ട് കാണുന്നുണ്ടല്ലോ ആന തൊട്ട ആനയ്ക്ക് അതിന്റെ ഫീലിംഗ് ഉണ്ട് അതിന് തൊട്ട അറിയില്ല എന്ന് വിചാരിക്കണ്ട ഞങ്ങളുടെ സ്ഥലത്ത് കുറച്ച് എങ്ങോട്ടായിട്ട് ഒരു ഏരിയ ഉണ്ട് മുസ്ലിം ഏരിയ ആണ് അവിടെ ചന്ദനക്കുടത്തിന് ആന കൊണ്ടുവരും അവര് ചന്ദന ധാരാളം ആനകൾ വരും ആനപ്പുറത്ത് ഓരോന്നൊക്കെ കൊണ്ടുപോവും അവരെന്താ ചെയ്യാൻ ഞാൻ ശരിക്കും നോക്കിയിട്ടില്ല പക്ഷേ ഉത്തമാങ്കം അലങ്കാര വസ്തുവാണ് അവർക്ക് ഉപയോഗിക്കില്ല അലങ്കാരത്തിന് അവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കാം ആനയുടെ മേലെ എന്തോ വലിച്ചിട്ട് തേച്ചു ആന ഇറങ്ങി ഓടി ഒരുപാട് പേര് മരിച്ചു ഒരു പ്രാവശ്യം യാതൊരു വിചാരിച്ചു ആന വലിയ പാറങ്കല്ലുപോലെ ഉണ്ട് അതിനൊന്ന് ഈ കല്ലിലോ നിലത്തിലോ വരയ്ക്കുന്ന പോലെ ഉരച്ചതാണേ വീടി തെരച്ച ആനയുടെ മേലെ ആന ഓടി ഒരുപാട് പേര് മരിച്ചു വളരെ സെൻസിറ്റീവാണ് ആനയുടെ സ്കിൻ കാണാൻ വലുതായിട്ടിരിക്കണം വളരെ സെൻസിറ്റീവാണ് അതേപോലെ ഈ ആനയെ പിടിക്കുന്നത് തന്നെ അതിന് തൊടാനുള്ള ആഗ്രഹം പിടിയാനയെ തൊടാനുള്ള ആഗ്രഹത്തിൽ പിടിയാനയുടെ പുറകിൽ ഓടി കുഴിയിൽ വീഴും അങ്ങനെയാണ് ആനയെ പിടിക്കാൻ ഒരു പിടിയാനയെ വെച്ചുകൊണ്ട് തന്നെ ആനയെ മെരുക്കിയെടുക്കും അപ്പോ യതികൾക്ക് ധർമ്മം പറഞ്ഞു പദാപി യുവതിയും ഭിക്ഷുഹു നസ്പൃശേത് ധാരവീമപ്പി ഒരു സ്ത്രീയെ ഒരു സന്യാസി ഒരു ഭിക്ഷു ടരുത് അത് മരം കൊണ്ടുണ്ടാക്കിയ സ്ത്രീയുടെ പാവയാണെങ്കിൽ പോലും തുടരുത് ധാരവീമ പീനാണ് അത് മരം കൊണ്ടുണ്ടാക്കിയ എത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള വ്രതം എന്തിനാന്ന് വെച്ചാൽ ഇതൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് പൂർണ്ണതയ്ക്ക് വന്ന ആളുകളെ പറ്റി ഇതൊന്നും നിയമമല്ല ജാഗ്രത പുലർത്താനായിട്ടാണ് ഈ നിയമങ്ങളൊക്കെ അല്ലെങ്കിൽ സമൂഹത്തിൽ ആകെപ്പാട കുഴഞ്ഞു മറിഞ്ഞു പോകും അപ്പൊ പൂർണ്ണതയിൽ വന്ന ആളോ പൂർണ്ണതയിൽ വന്ന ആൾക്ക് ഈ നിയമം ഇല്ല എന്ന് പറഞ്ഞാൽ അയാൾ ഡാൻസ് കളിച്ചുകൊണ്ട് നടക്കൂ ഇല്ല അയാൾക്ക് ഈ നിയമമൊക്കെ നാച്ചുറൽ ആയിട്ട് തന്നെ ഉണ്ടാവും അയാളിൽ അപ്പോ സ്പർശ സ്പർശത്തിന് അടിമപ്പെടരുത് എന്നുള്ളത് ആനയിൽ നിന്നും പഠിച്ചു എന്നാണ് ആന സ്പർശത്തിന് അടിമയാണ് അടുത്തത് കുരങ്ക് മാതങ് പതങ് മീന് ആനയ്ക്ക് മാന് കുരംഗൻ മാനിന് ശബ്ദം ശബ്ദത്തിന് അടിമയാണ് മാന് കാട്ടെ പാട്ട് വായിക്കുന്നതും വാദ്യഘോഷം കേട്ടിട്ട് ഓടും മാന് വലയിൽ കൊടുക്കും അതുപോലെ മനുഷ്യനും ശബ്ദത്തിനടിമ ചെവിക്ക് രണ്ടു വിധത്തിന് അടിമ ഒന്ന് ഭാഷ മറ്റൊന്ന് സംഗീതം സംഗീതം നമുക്ക് ഭഗവാനെ ഓർമ്മിപ്പിക്കുന്നതായിരിക്കണം ഭക്തിക്കാണ് സംഗീതം യാഗരാജസ്വാമികൾ പാടി ഈ സംഗീതജ്ഞാനം മറ്റുള്ളവരുടെ പേരും പുകഴും നേടാനാണോ ചെറിയ കുട്ടിയായിരിക്കുമ്പോ തന്നെ അദ്ദേഹത്തിന് ആ വൈരാഗ്യം വന്നു രാജാവിന്റെ മുമ്പിൽ വെച്ച് പാടാനായിട്ട് അദ്ദേഹത്തിന്റെ ഗുരു തന്നെ പറഞ്ഞപ്പോ ത് യാഗരാജന് പാടാൻ ഉത്സാഹമല്ല എന്നാലും വിളക്ക് ഏതോ ഒരു രാഗം പാടിയിട്ട് വിളക്ക് കൊളുത്തി ത് ത് ത് അപ്പോ കഴുത്തിലൊരു മാലയണി ഇത് കൊടുത്തു രാജാവ് എല്ലാരും പുകഴ്ത്തി ത്യാഗരാജന് ഇത്ര കുട്ടിയായിരിക്കുമ്പോ തന്നെ നിനക്ക് സംഗീതത്തിൽ ഇത്രയധികം കഴിവുണ്ടല്ലോ വലുതായാൽ നീ എത്ര വലിയ സംഗീതക്കാരനാവും അദ്ദേഹത്തിന് വല്ലാത്ത ദുഃഖം തോന്നി ആളുകളൊക്കെ ഈ സംഗീതത്തിനെ മറ്റുള്ളവരുടെ കൈതട്ട് വാങ്ങിക്കാനായിട്ടും വലിയ ആളാവാനായിട്ടും ഒക്കെയാണ് പ്രതിഭയായിട്ടും ഒക്കെയാണല്ലോ കരുതുന്നത് സംഗീതജ്ഞാനമോ ഭക്തിവിനാ സന്മാർഗമോ ഗലതേവോ മനസ്സാവും മനസ്സേ നീ തന്നെ പറയൂ ഭക്തി ഇല്ലെങ്കിൽ ഈ സംഗീതജ്ഞാനം സന്മാർഗത്തിന് പരമപഥത്തിന് കാരണമായിട്ട് തീരുവോ ഭഗവത്പ്രാപ്തിക്ക് കാരണമായിട്ട് തീരുവോ ഈ പണമൊക്കെ എന്തിനു കൊള്ളും നിധിശാല സുഖമാ രാമുനി സന്നിധി സേവാ സുഖമാ നിജമുഖ ബൽഗു മമതാബന്ധനയുത നരസ്തുതി സുഖമാ അഹങ്കാരത്തിനെ ഉണ്ടാക്കുന്നത് നാലുപേര് കണ്ടാൽ ആഹാ നന്നായിട്ട് പാടി എന്ന് കൈതട്ടി കൈതട്ടി കഴിയുമ്പോ എന്താ ആഹ് എന്നെ പുകഴ്ത്തി എന്നും മമതാണ് അതിനുള്ള ഈ നരസ്തുതി സുഖമാണോ അല്ല രാമസന്നിധി സേവാ സുഖമോ ധാരാളം തൈരും പാലും വെണ്ണയുമൊക്കെ കൂട്ടി ചാപ്പാട് കഴിക്കുന്നത് സുഖമോ അല്ല രാമാമൃതം രാമരാമ അമൃതം പാനം ചെയ്യുന്നത് സുഖമോ ജ്ഞാനമാകുന്ന ഗംഗയിൽ കുളിക്കുന്നത് സുഖമോ എന്നൊക്കെ ചോദിച്ച് തന്റെ മനസ്സിനോട് തന്നെ ചോദിക്കുക സംഗീതം ഭക്തിക്ക് കാരണമാവുന്നു അല്ലെങ്കിൽ സംഗീതം സംഗീതം എന്ന് പേരില്ല സംഗീതം അതാണ് ഇതിന് മ്യൂസിക് എന്ന് പറയുന്നത് നമ്മളുടെ ഇത് പുണ്യ മ്യൂസിക് അത് പാപ്പ് മ്യൂസിക് പാപം പുണ്യം ഇതിൽ ചെന്ന് ഇതിന് ഗ്രാമ്യഗീതം എന്ന് പേര് ഗ്രാമ്യ ഗീതം എന്ന് വെച്ചാൽ ഇത് ലൗകിക വിഷയ ഉണർത്തുന്നതും മനസ്സിൽ ലൗകികമായ ചിട്ടവൃത്തികളെ ഇളക്കിവിടുന്നതുമായ പാട്ട് നമുക്ക് ചെവിയിൽ പ്ലഗ് വെച്ചുകൊണ്ട് തന്നെ നടക്കണം നാട്ടിൽ ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറണമെങ്കിൽ ചെവി രണ്ടിലും ഓരോ പ്ലഗ് വയ്ക്കണം എന്താ മുഴുവൻ പാട്ടാണ് ഇവിടെ ഇപ്പൊ കേരളത്തിൽ വേണ്ടില്ല കുറെ ആയി ബസ്സിൽ പോയിട്ട് എനിക്കറിയില്ല എന്താ കൂത്ത തമിഴ്നാട്ടില് രണ്ട് ടി വി ആണ് ബസിന്റെ ഉള്ളിൽ അവര് കാണിക്കുന്ന സിനിമ നമ്മൾ കണ്ടോള്ളം ഇതാണ് ഒരു നിവൃത്തിയില്ല അപ്പോ ചെവിയിലേക്ക് ഇങ്ങനെ വെച്ച് പമ്പിംഗാണ് ഉള്ളിലേക്ക് അതെന്താ ഒരർത്ഥമില്ലാത്ത കുറെ ലഹള ഞങ്ങളുടെയൊക്കെ പഴയ വീടുകളിലൊക്കെ മരം കൊണ്ടുള്ള വീട് പഴയ വീട് അവിടെയൊക്കെ തട്ടിന്റെ മുകളിൽ എലിയോടും അത് ഓടിച്ചെന്ന് ഒരു താമ്പാളത്തിൽ വീഴും അതുപോലെയാണിപ്പോ സംഗീതം അതിനുള്ള കൊടുക്കൂടു കൊടുക്കൂട് കൊടുക്കൂടു ഓടൊപ്പം അല്ലെ ഒരു ലക്കിൻ ല ഗാനമില്ലാത്ത ഒരു താളമില്ല രാഗമില്ല ശ്രുതിയില്ല ഭാവമില്ല ഭക്തിയില്ല ഉയർന്ന ഒരു ആദർശം കാണിക്കാനില്ല എന്തിനാ ഈ സർവേന്ദ്രിയ വിക്ഷോഭം സകല ഇന്ദ്രിയങ്ങൾ നാടിനരമ്പുകളിൽ തുള്ളാൻ വയ്ക്കാം ഭക്തിഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വേറെ കൂത്ത് അതും ഇപ്പൊ സിനിമാ പാട്ടിന്റെ രീതിയിലാണ് കൂലിക്ക് പാട്ടും എഴുതി കൊടുക്കുകയാണ് ഭക്തിഗാനങ്ങൾ കൂട്ടം കൂട്ടമായി എഴുതി കൊടുക്കും അവര് കൂട്ടമായി ക്യാസറ്റ് ഇറക്കും നിങ്ങളിപ്പോ അപങ്കൊന്നും കാര്യമില്ല എല്ലാരും അതാണ് പാടിക്കൊണ്ടു നടക്കുന്നത് നാലു പേരുണ്ട് അഭംഗ പാടാനായിട്ട് മഹാത്മാക്കൾ പാടിയ പാട്ടും രചിച്ച പാട്ടുകളും അവരനുഭവത്തുനിന്ന് പാടിയ പാട്ടുകളും ഒക്കെ പുറന്തള്ളിയിട്ട് കണ്ടവരൊക്കെ എഴുതി അത് എന്തൊക്കെയോ വായി തോന്നിയത് ഡിക്ഷണറി എടുത്ത് വെക്കും തോന്നുന്നു ഇവര് എന്നിട്ട് വരിയായി കുറെ വാക്കുകൾ എടുത്ത് കൂട്ടിച്ചേർക്കുക കാർപ്പൻടറി ഓഫ് വേഡ്സ് എന്നിട്ടെല്ലാം കൂടെ പാട്ട് ഇത് കേട്ട് കഴിഞ്ഞാൽ കേൾക്കുന്ന ആളുടെ ഉള്ളില് ഓക്കാനം വരും അതാണ് പാകപാഠപ്പം ഇതുകൊണ്ടുള്ളൊരു ഗ്രാമ്യ ഗീതം ശാതെ പഴയ കാലത്ത് ഋഷ്യശൃംഗൻ മഹാതപോനിഷ്ഠനായ ഋഷ്യശൃംഗനെ പണ്യ സ്ത്രീകളൊക്കെ ചെന്ന് പാട്ടുപാടി മയക്കിയിട്ട് ലോമപാദന്റെ രാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ആ കഥയാണിവിടെ പറയണത് മൃഗീസുതനായ ഋഷ്യശൃംഗൻ ഗ്രാമഗീതം കേട്ട് തന്റെ തപസ് നഷ്ടപ്പെടുത്തിയ പോലെ ചെവിക്ക് അടിമപ്പെട്ട് നഷ്ടപ്പെടുത്തി കളയരുത് രണ്ട് ചെവി വേറെ ഒരു വിധത്തിൽ ഭാഷ കൂടുതൽ ഭാഷ അറിയന്തോറും എന്താ കുഴപ്പം എന്ന് വെച്ചാൽ കൂടുതൽ ആളുകൾ പറയണത് നമുക്ക് മനസ്സിലാവും അതാണോ കുഴപ്പം കൂടുതലാ ആളുകൾ പറയണത് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് കുഴപ്പമേ ഇല്ല ഒരാള് ഒരു പ്രസിദ്ധമായ ഒരു കഥയുണ്ട് ഒരാള് അയാൾക്ക് ഭാഷ അറിയാത്ത മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോയി വളരെ വേറൽ വിശന്നു പാവം ഒരു മധുരപലഹാര കഥയുടെ മുമ്പിൽ എനിക്ക് വലതും ഭക്ഷണം തരൂ ആ കടക്കാരൻ എന്ത് വിചാരിച്ചു ഇയാള് എന്തോ നല്ല ശാപ്പാട് ചോദിക്കാണ് പണം ധാരാളം കിട്ടും എന്ന് പറഞ്ഞ് നല്ല വസ്തുക്കളൊക്കെ എടുത്തു കൊടുത്തു ഇയാള് വിചാരിച്ചു ആഹാ എത്ര നല്ല മനുഷ്യൻ ഞാൻ ഇത്തിരി വിശപ്പിന് ഭിക്ഷ ചോദിച്ചപ്പോ നല്ല ചാപ്പാട് തരണമല്ലോ നമുക്ക് കഴിച്ചു എന്നിട്ട് താങ്ക് യു എന്ന് പറഞ്ഞ് ഇയാൾ പുറപ്പെടുകയാണ് അയാൾ കോപം കൊണ്ട് തുള്ളാൻ തുടങ്ങി അയാൾ വായിൽ വന്നതൊക്കെ ചീത്ത വിളിക്കണോ ഇയാൾ വിചാരിച്ചു ഈ നല്ല മനുഷ്യൻ എന്താ എന്റെ അടുത്ത് ഇപ്പൊ പറയണത് എനിക്കൊന്നും മനസ്സായി മറ്റേയാൾ പറയണത് തന്നെ ഞാൻ ഇപ്പൊ കോടതി കയറ്റും എന്ന് പറഞ്ഞ് കൈ പിടിച്ച് വലിച്ചോണ്ട് പോവാ ഇയാൾ ഓ അയാളുടെ വീട്ടിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോവാണ് ഇവിടുന്ന് ഭക്ഷണം തന്നെ പോകാം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാണ് കോടതി കൂട്ടിക്കൊണ്ടുപോയി കോടതിയില് അന്നത്തെ രാജകോടതി പഞ്ചായത്ത് കോടതിയുടെ മുമ്പിൽ കൊണ്ടുചെന്ന് നിർത്തി ഇദ്ദേഹമാരായിരിക്കും എന്ന് വിചാരിക്കുക ഓ ഇയാളുടെ അച്ഛനായിരിക്കും കോടതിയിൽ പറഞ്ഞാൽ ഈ മനുഷ്യൻ എന്റെ കടയിൽ വന്ന് പണം തരാതെ ഒരുപാട് ഭക്ഷിച്ചു അങ്ങനെയോ അവനെ കണ്ടാൽ തന്നെ കള്ളനാണെന്ന് തോന്നുന്നുണ്ട് അവന്റെ തലയ്ക്ക് കരിതെച്ചിട്ട് കഴുതപ്പുറത്തിരുത്തി അവനെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന് പറഞ്ഞു കോടതിയിൽ ശിക്ഷ വലിയ ശിക്ഷയാണത്രേ അവരുടെ ഇദ്ദേഹം ഭാവം കുളിച്ചിട്ട് തന്നെ കുറെ ദിവസമായി ഒന്നും നിവൃത്തിയില്ല അപ്പൊ ഇദ്ദേഹത്തിനെ പിടിച്ചിരുത്തി തലയിൽ വെള്ളം ഒഴിച്ചു അദ്ദേഹം വിചാരിച്ചു എത്ര നല്ല മനുഷ്യർ നമ്മളെ കുളുപ്പിക്കാണ് തലക്ക് കഴുതി വെച്ചു ഓ ഞാൻ തല നരച്ചു പോയത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഡൈ അടിച്ച് തരാ കഴുത പുറത്തിരുത്തി വാഹനം അദ്ദേഹത്തിന്റെ നാട്ടിൽ കഴുതയാണ് അത്ര വാഹനം ഇവിടെ കഴുത അപമാനമാണ് കഴുത പുറത്തിരുത്തി ബാൻഡ് സെറ്റൊക്കെ ആയിട്ട് എല്ലാരും പുറത്തു കൊണ്ടുപോയി ഗ്രാമത്തിന്റെ പുറത്തു കൊണ്ടാക്കി ഇനി ഇവിടെ കാലി വെച്ചാൽ നോക്കിക്കോളൂ ശരി ഇനിയും വരാം അങ്ങനെ പോയി അദ്ദേഹം പോയി അദ്ദേഹത്തിന്റെ നാട്ടിൽ ചെന്നു അവിടെ ചെന്നപ്പോ ഈ ഗ്രാമം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോ ഇതുപോലൊരു ഗ്രാമമില്ല അവിടെ ഇനിയും പോകാൻ കഴിഞ്ഞെങ്കിൽ എത്ര നല്ല മനുഷ്യർ ഞാൻ പോകുമ്പോഴേക്കും ഒരാൾ ധാരാളം ഭക്ഷണം തന്നു ഇതിനൊക്കെ കാരണം എന്താ ഒന്നും നെഗറ്റീവ് നെഗറ്റീവായിട്ട് തോന്നിയില്ല എന്താ ഭാഷ അറിയില്ല ബ്രെയിൻ ഈസ് നോട്ട് ഇന്റർപ്രട്ടിംഗ് അല്ലെ നമ്മൾക്ക് എന്താന്ന് വെച്ചാൽ ഭാഷയും ഒരു ട്രാപ്പാണ് അത് ശരിക്കും കൺവീൻസും ഇല്ലാതല്ല പലരും പറയണതൊക്കെ ഒരു വാക്ക് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ചഞ്ചലമായി ഒരു നല്ലത് നമ്മൾ പറഞ്ഞാൽ ഉടനെ സന്തോഷപ്പെട്ടു എന്തെങ്കിലും ചീത്ത പറഞ്ഞാൽ അതിനൊരു അർത്ഥം കൽപ്പിച്ചു ഉടനെ മനസ്സ് ചഞ്ചലമായി ശബ്ദം ശബ്ദ ബ്രഹ്മമാണെന്ന് ഉറപ്പിച്ചോളണം അങ്ങനെ സാധിക്കുമെങ്കിൽ നല്ലത് ചീത്ത വാക്കുകളൊന്നുമില്ല എല്ലാ ശബ്ദവും ഹൃദയത്തിൽ നിന്ന് വരുന്നു ശബ്ദം ശബ്ദബ്രഹ്മമാണ് എന്ന് ഉറപ്പിച്ചാൽ ഏകനാഥസ്വാമിയെ പോലെ ചീത്ത വിളിച്ച ആളെയും പൂജിക്കാൻ കഴിയും അയാള് നാദബ്രഹ്മം പുറപ്പെടുവിക്കണോ അത്രയേ ഉള്ളൂ ശബ്ദത്തിന് മനസ്സിന്റെ സാമ്യം മനസ്സിന്റെ ശാന്തി നഷ്ടപ്പെടുത്തി കളയരുത് എന്നുള്ളതും പഠിച്ചു അപ്പോ ശബ്ദ സ്പർശ രൂപ രസത്തിനടിമ അതാണ് നമ്മുടെ ഏറ്റവും വലിയ വീക്ക്നസ് ജിഹ്വയാ അതിപ്രമാധിന്യ ജനോ രസവിമോഹിതാം മൃത്യു അസദ്ബുദ്ധി മീനും മീൻ മത്സ്യം മത്സ്യത്തിന് എങ്ങനെ പിടിക്കുന്നു ചൂണ്ടയിൽ എരയിട്ടിട്ട് വെള്ളത്തിൽ ഇറക്കിവിടും മീൻ പാവം അതിൽ കടിക്കും നാവ് അതിൽ കടിച്ചു മരിച്ചു പോകും നാവിനെ അടിമപ്പെട്ട് മീൻ മരിക്കുന്നു അതേപോലെ മനുഷ്യനും എന്തൊക്കെ ജയിച്ചാൽ ഈ നാവ് അവിടെ അവസാനം നിൽക്കണമെന്നാണ് എന്തൊക്കെ ജയിച്ചാൽ ഇന്ദ്രിയാണി ജയന്തി ആശു നിരാഹാര മനീഷിണ വർജയിത്വാ ദുരസനം തൻ നിരന്നസ്യ വർദ്ധത എല്ലാ ഇന്ദ്രിയങ്ങളെയും ജയിക്കണം അത്രേ സാധന ചെയ്ത് ഇന്ദ്രിയങ്ങളൊക്കെ ജയിക്കുന്നു പക്ഷെ ഈ നാവ് മാത്രം വിട്ടിട്ട് അതെന്താവണെന്ന് വെച്ചാൽ നിരന്നയ വർദ്ധത്തെ ആഹാരം കഴിക്കാതിരുന്ന കൂടുതൽ അതിന് രുചി എത്രയാണ് അടുത്ത ദിവസം കഴിക്കുമ്പോൾ ഏകാദശി കഴിഞ്ഞ് ദ്വാദശി പാരണയ്ക്ക് നല്ല രുചി തൻ നിരണ്യ വർദ്ധത്തെ നാവിന് ഉള്ള രുചി താവജ്ജിതേന്ദ്രിയോ നിജിതാന്യേന്ദ്രിയ പുമാന് നയേത് രസനം യാവ്ജിതം സർവം ജിതേ രസേ നാവിനെ ജയിക്കുന്നവരെ ഒരാളെ ജിതേന്ദ്രിയൻ എന്ന് പറയാനേ വയ്യ നമ്മളുടെ സകല ഭക്ഷണ പദാർത്ഥങ്ങളും നോക്കുക എല്ലാം ഈ നാവിന് വേണ്ടിയാണ് എത്ര സമയം അടുക്കളയിൽ ചെലവഴിക്കുന്നു നാവിന് വേണ്ടിയിട്ടാണ് അല്ലെ എന്തൊക്കെ മധുര പലഹാരങ്ങളാണ് ജിലേബി മൈസൂർപ്പ ലഡു ഗുലോബ് ജാമു അപ്പൊ കുറച്ചു കാലം മുമ്പ് ആലോചിക്കാനും ഊഹിക്കാനും പറ്റാത്ത സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി തന്നുകൊണ്ടിരിക്കും ആ ജിലേബിയൊക്കെ ഉണ്ടാക്കുന്നത് സാധാരണ പറ്റയില്ല എവിടുന്ന് തുടങ്ങണോ എവിടെ അവസാനിക്കണമെന്ന് അറിയില്ല അതിന്റെ ചുറ്റല് ഇത്രയൊക്കെ മെനക്കിട്ടിട്ടവ വായിലിട്ട് കഴിഞ്ഞാൽ പോയി ഒരു ഗുരു പറഞ്ഞു അത്ര ശിഷ്യനെടുത്തു ശിഷ്യനെ വിനയമുണ്ട് അല്പം കൂടെ വിനയം പഠിപ്പിക്കണമെന്ന് രാമകൃഷ്ണ പരമഹംസർ പറയുന്ന കഥയാണ് അതുകൊണ്ട് അപ്പോ ഗുരു പറഞ്ഞു അത്രേ നിന്നെക്കാളും താഴ്ന്ന ഒരു പദാർത്ഥം എടുത്തുകൊണ്ട് വരൂ ഈ ശിഷ്യൻ പലതും നോക്കി അയാൾ വിനയം കുറച്ച് കൂടുതലായതുകൊണ്ട് എല്ലാം തന്നെക്കാളും ഉയർന്നതാണെന്ന് തോന്നി ലാസ്റ്റിൽ അദ്ദേഹം കണ്ടുപിടിച്ചു താൻ തന്നെ വിസർജനം ചെയ്ത മലം എടുക്കാനായിട്ട് പോയി എത്ര അടുത്ത് പോയപ്പോ എന്ന് പറഞ്ഞു ആരാണ് നോക്കിയപ്പോ ആരും കാണാനില്ല പിന്നെയും അടുത്തു പോയപ്പോ പിന്നെയും തൊട്ടു പോകരുത് അപ്പോഴാണ് മനസ്സിലായത് ആ പദാർത്ഥം തന്നെയാ പറയണത് തുടരരുത് എന്നാണ് എന്ത് മാറി നിന്നു എന്താ അങ്ങനെ ഇപ്പൊ പറയണ വെച്ചു ഞാൻ ഒരിക്കൽ ദേവന്മാർക്ക് പോലും ഓഫർ ചെയ്യാവുന്ന ജിലേപി ഒരിക്കൽ നീ തൊട്ടതിന്റെ ഫലമാണ് ഇപ്പൊ ഇങ്ങനെ ഒരിക്കൽ തന്റെ വായുടെ ഉള്ളിൽ കൂടെ ഈ സ്ഥിതി നീ രണ്ടാമത് നീ തൊട്ട ഉണ്ടാവുന്നറിയില്ല അടുത്ത വരെ ഓരോ പദാർത്ഥങ്ങൾ എത്ര ദൂരത്തേക്ക് ഇവിടുന്ന് ഇതുവരെ വരണ വരെ അല്ലെ വിശപ്പിന് കഴിക്കണം പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഇത് തന്നെ ഒരു ആർട്ടാക്കി മാറ്റിയിരിക്കുകയാണ് ഈ വട്ടത്തിന്റെ ഉള്ളിൽ നാവിന്റെ ഉള്ളിൽ ഇട്ട് ചവച്ച് അരുചി ടേസ്റ്റ് ബെഡ്സിനെയൊക്കെ രസിപ്പിക്കുന്നത് ഒരു കലയായിട്ട് മാറിയിരിക്കുകയാണ് അത് കാരണം എന്താ ശരീരത്തിന് പലവിധ സുഖക്കേടുകൾ ഡയബറ്റീസാണ് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാലും ഒന്ന് കുഴപ്പമില്ല പോട്ടെ മാറി പേര് മാറ്റിയിട്ടുമൊക്കെ കഴിക്കും ഡയബറ്റീസുകാർക്ക് കഴിക്കാവുന്ന ഒരു ഷുഗർ അങ്ങനെ ഒരു ഷുഗർ ഉണ്ട് പോകാം എന്നാലും വിടാൻ വയ്യന്നാണ് എന്തെങ്കിലുമൊക്കെ പേര് പറഞ്ഞിട്ട് ആ നാവിന് ഒരു രസം കൊടുക്കണം ചിലരൊക്കെ പായസമൊക്കെ കഴിക്കുന്നത് കാണും ഞങ്ങൾക്കൊക്കെ കുട്ടിക്കാലത്ത് സദ്യക്ക് വിളമ്പാൻ പോയാൽ ഇതാണ് രസം ആർക്കാണ് ഏറ്റവും കൂടുതൽ വിളമ്പിയത് ചില ആളുകൾക്ക് പതിനാറ് ഇരുപത് കുഴിയിൽ വലിയ വലിയ കുഴികളൊക്കെ വിളമ്പിക്കണേ അതിസമർത്ഥമാരം അതങ്ങനെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും അവർക്ക് നാവിനുള്ള രുചി ടേസ്റ്റ് നമ്മുടെ ആളുകൾ അതിലൊക്കെയാണ് ഗിന്നസ് ബുക്കിൽ കയറുന്നത് വേറെ അപകടം വലിയ അഡ്വഞ്ചറസ് ആയിട്ട് ഈ അമേരിക്കൻസ് ചെയ്യുന്ന പോലെ മലയുടെ മേലെ തന്നെ ചാടുക അങ്ങനത്തെ പരിപാടിയൊന്നും നമ്മളെ ചെയ്യില്ല ഒരു അമ്പത് ഇഡിലി തിന്ന ഒരു മുപ്പത് ജിലേപ്പി തിന്ന അതൊക്കെ ചെയ്തിട്ട് ഗിന്നസ് ബുക്കിലോ ഏതെങ്കിലും ബുക്കിൽ കയറിയിരിക്കും നാവിന് രുചി ടേസ്റ്റ് ആ ടേസ്റ്റിന് അടിമപ്പെട്ട് ജിതേന്ദ്രിയനാവാം വയ്യ ഒരിക്കും ഞാൻ ഇതിനു മുമ്പ് കഥ പറഞ്ഞിട്ടുണ്ട് രമണ മഹർഷിക്ക് ഒരമ്മ കേരളക്കാര തന്നെ അവര് മുമ്പ് ഞാൻ വിചാരിച്ചു വേറെ ഒരു സ്റ്റേറ്റ് ഓർമ്മ ഉണ്ടായിരുന്നു പല വിധത്തിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു നാൽപ്പത് ഐറ്റം ഭക്ഷണം ഉണ്ടാക്കിയിട്ട് മഹർഷിയുടെ മുമ്പിൽ വേണം സാധാരണ ആശ്രമത്തിൽ എല്ലാവർക്കും കൊടുക്കണം എന്നാലേ മഹർഷിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ അദ്ദേഹത്തിന് മാത്രമായിട്ട് സ്പെഷ്യലായിട്ട് ഒരു ഫുഡ് കൊടുക്കാനേ സാധ്യമല്ല അപ്പോ അതിനെ അഫോർഡ് ചെയ്യാൻ ശക്തിയുള്ള ആളുകളെ അത് പറ്റുകയുള്ളൂ അത് അദ്ദേഹം സമ്മതിക്കൂല്ല ഈ യൂസ് ടു ഡിസ്കറേജ് ആയിട്ട് ഈ അമ്മ എങ്ങനെയൊക്കെയോ ആരെയൊക്കെയോ ഇൻഫ്ലുവൻസ് ചെയ്ത് സാധിച്ചെടുത്തു അതായത് ഗുരുവിന് ഭക്തി ഇങ്ങനെയൊക്കെയാണേ ശിഷ്യന്മാര് ഗുരുവിന് ഭക്തി കാണിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് അന്ന് എന്നെ പറഞ്ഞല്ലോ അപ്പൊ ഇരു നാൽപ്പത് ഐറ്റം അദ്ദേഹത്തിന്റെ ഇലയിൽ അടുത്തിരുന്ന് വിളമ്പിക്കൊടുത്തു കുറച്ച് കുറച്ച് കൊടുത്തായിട്ട് പലതും സ്പെഷ്യൽ ടേസ്റ്റ് ഒന്ന് പാല് കൊണ്ടുണ്ടാക്കിയ സ്വീറ്റ് മോരുകൊണ്ടുണ്ടാക്കിയ പച്ചടി പല വിധത്തിലുള്ള പദാർത്ഥങ്ങൾ ഉണ്ടാക്കി എല്ലാം വിളമ്പിക്കൊടുത്തിട്ട് കാത്തുകൊണ്ടിരുന്നു എല്ലാം കഴിഞ്ഞോ കഴിഞ്ഞോ എല്ലാം കൂടെ ഒരു കുഴ കുഴച്ചു എല്ലാം കൂടെ കൂട്ടി ഒരു കുഴ ചേർത്തി ഒരു മിസ്റ്റർ ഈ അമ്മ അയ്യോ ഭഗവാനെ നിങ്ങൾക്ക് രുചിക്കാൻ വേണ്ടിയാണല്ലോ ഞാൻ കൊണ്ടുവന്നത് ആ എന്ത് ചെയ്യാം നിങ്ങൾക്ക് പലതിൽ രുചി എനിക്ക് ഏകത്തിൽ രസം ഞാൻ എന്ത് ചെയ്യും എന്ത് കഴിച്ചാലും എനിക്ക് ഒരു രസം തന്നെ ഏകത്തിൽ രസം അത് പറഞ്ഞിട്ട് ഹി ഓൾസോ ഗേവ് ദ മോറൽ ടീച്ചിങ് നമ്മൾ ഇങ്ങനെയൊക്കെ ഭക്ഷണം കഴിച്ചാൽ വെളിയിലുള്ളവരെന്ത് വിചാരിക്കും ഈ ആശ്രമത്തിലുള്ളവർക്ക് നല്ല സുഖം നമുക്ക് ഒരു നേരത്തെ ചാപ്പാട് കിട്ടില്ലേ ഒരു നാപ്പത് ഐറ്റം വെച്ച് ചാപ്പാട് കഴിക്കുകയാണെന്ന് വിചാരിക്കും അവരുടെ ഉള്ളിൽ അൺനെസറി ആയിട്ടുള്ള അസൂയ അസൂയമുണ്ടാകും ദ്വേഷമുണ്ടാകും ഇതിനൊക്കെ നമ്മൾ കാരണക്കാരായിട്ട് തീരും മാത്രമല്ല നമുക്കിത് നല്ലതാണോ വ്യാധിക്ക് കാരണം വിശക്കുമ്പോ എന്തെങ്കിലും ഒരു ആഹാരം ഒരു ചോറ് കൂട്ടിക്കഴിക്കാൻ ഒരു കറി നമ്മളുടെ നല്ല ലളിതമായി ദഹിച്ചു പോകുന്ന രസമോ ചില ആഹാരമോ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേറെ നിറയെ നല്ല വിശപ്പിന് ഭക്ഷണം കഴിക്കുമ്പോ ഉള്ള രുചി രുചിയുള്ള ഭക്ഷണം കഴിക്കുമ്പോ ഇല്ല വിശപ്പിന് വിശപ്പാണ് ഏറ്റവും രുചി ഉണ്ടാക്കുന്നത് അപ്പോ ഭക്ഷണം കഴിക്കുന്നത് വിശപ്പ് അടക്കാൻ വിശപ്പ് എന്നുള്ളത് ഒരു രോഗം ക്ഷുദ് വ്യാധിഷ്ഠ ചികിത്സ്യതാ എന്നാണ് ശങ്കരാചാര്യസ്വാമി പറയണത് വ്യാധി എന്ന് പറയുന്നത് ഒരു ക്ഷുദ് എന്ന് പറയുന്നത് ഒരു വ്യാധി വിശപ്പാകുന്ന ഒരു വ്യാധിക്ക് ഒരു ഔഷധം ഭക്ഷണം അങ്ങനെ നമുക്ക് കഴിക്കാമെങ്കിൽ കുഴപ്പമില്ലാതെ പോവാം പക്ഷേ ഞങ്ങളുടെയൊക്കെ തലയിലെഴുത്ത് എന്ത് ചെയ്യാം പോകുന്നിടത്തൊക്കെ വിവിധ തരം ഭക്ഷണങ്ങളാണ് അല്ലെങ്കിൽ എല്ലാ സ്വാമിമാർക്കും പ്രഭാഷണം ചെയ്യുന്നവർക്കും ഒക്കെ ഡയബറ്റീസ് പലവിധ സൂക്കൾ എന്താ പോകുന്നിടത്തൊക്കെ നല്ല സദ്യശാപ്പാണ് അതിനൊന്നും വീണു പോവാതിരുന്നാൽ രക്ഷപ്പെട്ടു അപ്പോ നാവ് നാവിന് അടിമപ്പെട്ടാൽ നാവും കണ്ണും കൂടെ എന്തെങ്കിലുമൊക്കെ പ്രവൃന്ന് പറയും പറഞ്ഞിട്ട് കണ്ണ് കാണിച്ചു കൊടുക്കും ഇങ്ങനെ പദാർത്ഥങ്ങൾ നാവത് കൊണ്ടുവരാൻ പറയും നാവിലിട്ട് രുചിക്കും രുചിച്ച് നാവിന് രുചിക്കുന്നത് വയറിന് രുചിക്കണമെന്നില്ല അങ്ങനെ നാവിനെ ജയിക്കാം ജയിച്ചിട്ടില്ലെങ്കിൽ ഈ മീൻ മരിച്ചു പോണ പോലെ നമ്മളും മരിച്ചു പോകുമെന്നാണ് രസത്തിന് അല്ലെങ്കിലും മരിച്ചു പോവില്ലേ എന്ന് ചോദിച്ചാൽ മരിച്ചു പോവും പക്ഷേ മനസ്സ് അതിന് പുറകിൽ പോണതിനാണ് മരണം എന്ന് പറയുന്നത് അല്ലാതെ ശരീരത്തിന് മരണമല്ല മനസ്സ് ആ പദാർത്ഥങ്ങളുടെ പുറകിൽ പോയിട്ട് എത്ര നേരം അതിനുവേണ്ടി ചെലവാക്കേണ്ടിയിരിക്കുന്നു എത്ര നമുക്ക് ഭഗവത് ധ്യാനം ചെയ്യാൻ അതുകൊണ്ട് ഭക്ഷണം നാവ് ജിതം സർവം ജിതേ രസേ നാവിനെ രണ്ടു വിധത്തിൽ ജയിക്കണം രസനോ എന്നാണ് അതിന് പേര് രസമറിയുന്നത് ഭഗവാന്റെ നാമത്തിന്റെ രസമറിഞ്ഞാൽ അത് വേണ്ടാത്ത വർത്തമാനം പറയണ രസവും അതിനു പോവും വേണ്ടാത്ത ഭക്ഷണം കഴിക്കണ രസവും അതിന് പോവും അതാണ് സദാശിവ ബ്രഹ്മേന്ദ്ര സ്വാമികൾ നാവിനോട് പറഞ്ഞു പാടിക്കൊടുത്തു നാവേ നാമം ചൊല്ലു ബ്രൂഹിമുക്കുന്ദേ തീ രസനേ ബ്രൂഹിമുക്കുന്ദേ ്രൂഹിമുകുന്ദേതി കേശവമാധവ ഗോവിന്ദേതി കേശവമാധവ ഗോവിന്ദേതി കൃഷ്ണാനന്ദ സദാനന്ദേതി ബ്രൂഹിമുകുന്ദേതി അല്ല തഴക്കം വന്ന ഭാഗവതർമാരൊക്കെ ഉള്ള സദസാഗം ഞാൻ ബാറ്റുപാട് അപകടമ നാമന് പറഞ്ഞു കൊടുക്കാണ് ഹേ രസനെ രസമറിയുന്ന രസനെ ബ്രൂഹിമുക്കുന്ദേതി മുകുന്ദ കേശവ മാധവ ഗോവിന്ദ എന്തെങ്കിലുമൊക്കെ നാമം ജപിക്കൂ ഭഗവാന്റെ നാമം ചൊല്ലൂ രാധാരമണ ഹരേ രാമേതി രാജീവാക്ഷഘനശ്യാമേത്തി ബ്രൂഹിമുകുന്ദ ഭഗവാന്റെ ഓരോ ഭാവങ്ങളായി വർണ്ണിച്ചു കൊണ്ടുവരാൻ അക്രൂരപ്രിയ ചക്രധരേതി അക്രൂരപ്രിയ ചക്രധരേതി ഹംസനിരഞ്ജന കംസഹരേതി ബ്രൂഹിമുകുന്ദേതി രചനേ രസം അറിയുന്ന ഹേ രസനേ ബ്രൂഹിമുകുന്ദേ തീ ഭഗവാന്റെ നാമ ജപം ചെയ്യൂ എന്ന് നാവിന് പറഞ്ഞു കൊടുക്കാണ് ഒരിക്കൽ നാവും പല്ലും കൂടി ഒരു കോൺവെർസേഷൻ നടത്തും പല്ലിനോട് നാവ് പറഞ്ഞു ഹേ പല്ലേ നിനക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യണം നീ നല്ല കടകടാന്നുള്ള മുറുക്ക് ബലമായിട്ടുള്ള മുറുക്കൊക്കെ വരുമ്പോ പൊടിച്ച് എനിക്ക് തരണം പല്ല് രുചിക്കണില്ല രുചിയൊക്കെ നാവിന്റെ ആണ് അതുകൊണ്ട് പ്രത്യുപകാരം ചെയ്യാൻ എനിക്ക് ആഗ്രഹം തോന്നുന്നു ഞാൻ എന്താ ചെയ്യേണ്ടത് നാവ് പറഞ്ഞു പല്ല് പറഞ്ഞു ഹേ എനിക്ക് അങ്ങനെ പ്രത്യുപകാരം ഒന്നും കാക്ഷിച്ചിട്ടില്ല എനിക്ക് അങ്ങനെയൊന്നും ആഗ്രഹമില്ല അല്ല എന്നാലും പറയൂ എന്താ വേണ്ടത് എനിക്കത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ പറയാ ഹേ ജിഹ്വേ ബഹുമാവത ത്വയാപരാധേ സ്ഥാനഭ്രംശോഭവേന്മ ഹേ നാവേ നീ വഴി കൂടി പോണവരെ വായി തോന്നിയത് വിളിച്ചു പറയാതിരിക്കാം നീ ഓരോന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് വലിയണു അവരെ അടിച്ചു പല്ലു കൊഴിക്കും എന്ന് പറയണം പല്ലടിച്ച് തെറപ്പിക്കുന്നു ഒരാളെങ്കിലും നാവിനെ പിഴിത്തെറിയെന്ന് പറയണില്ല പല്ലടിച്ച് തെറപ്പിക്കും അതേപോലെ അടിച്ചാ പല്ല് വീണു എന്ന് പറയണു എന്നല്ലാതെ ആരും പറയണില്ലേ അതുകൊണ്ട് നീ രക്ഷപ്പെടണു അടി കൊള്ളണത് എനിക്കാണ് അതുകൊണ്ട് നീ അപരാധം ചെയ്താൽ സ്ഥാനഭ്രംശോ ഭവയൻ മമ എനിക്കാണ് സ്ഥാനഭ്രംശം അപ്പൊ നാവിന് ആദ്യം പഠിപ്പിക്കുന്നത് എന്താ വാണി ഗുണാനുകഥനീ എഞ്ചിന്ദ്രിയങ്ങൾ എങ്ങനെ നിന്ദ്രിക്കണം ശ്രവണ കഥാ ഹസ്തൗ ചു മനഃ തവ പാദയോ സഹസ്മൃത്യാ ശിരസ്തവ നിവാസ ജഗത് പ്രണാ ദൃഷ്ടി സദാ ദർശനസ്തുവത്തനൂ നാവുകൊണ്ട് ഭഗവത് ഗുണങ്ങളെ കീർത്തിച്ചും നാമസങ്കീർത്തനം ചെയ്തും ജപം ചെയ്തും കൊണ്ടേ ഇരിക്കണം അനുസ്യൂതം ജപം ചെയ്ത് പഠിപ്പിക്കണം വീട്ടിൽ ആരെങ്കിലുമൊക്കെ കാണാൻ വന്നാൽ ഒന്നിൽ ഡയറക്റ്റായിട്ട് സത്സംഗത്തിലേക്ക് പ്രവേശിക്കുക അല്ലെങ്കിൽ ഭാഗവതമോ ഗീതയോ എന്തെങ്കിലും മഹാത്മാക്കളുടെ കൃതികൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് വായിക്കാൻ തുടങ്ങണം അപ്പൊ സത്സംഗമായിട്ട് തീരും ആ ആളുകൾ കാണാൻ വരുമ്പോ അതൊരു സത്സംഗമായിട്ട് തീരും അതുകൊണ്ട് രണ്ടു വിധത്തിൽ ഗുണമുണ്ടാവും ഒന്നിൽ അവർ ഇനി വരില്ല അല്ല അവരിനി വന്നാൽ സത്സംഗമാവും രണ്ടാണെങ്കിലും അപകടം ചളി പറ്റാതെ രക്ഷപ്പെടാം അല്ലെങ്കിൽ വർത്തമാനം തുടങ്ങിക്കഴിഞ്ഞാൽ മഹാപകടമാണ് എന്ത് ചെയ്യണോ ഇനി ഇരിക്കുന്നു എന്താ ജോലി ഗവൺമെന്റ് ഓഫീസിൽ ഗവൺമെന്റ് ഓഫീസിലൊക്കെ ഇന്നത്തെ കാലത്തൊന്നും ശരിയില്ല ശമ്പളം പോരാം എവിടെയാ നാട് പാലക്കാട് പാലക്കാട്ടിൽ എവിടെയാ പാലക്കാട്ടില് കൽപ്പാത്തി കൽപ്പാത്തി ഞങ്ങളുടെ അടുത്ത വീട്ടുകാരുടെ ചെറിയ ചന്റെ മകളെ കല്യാണം കഴിച്ചിരിക്കുന്നത് അവിടെയാണ് തുടങ്ങും ഇതിലേക്കൊന്നും വഴുതി വീഴാതിരിക്കണമെങ്കിൽ എന്ത് വേണം വാക്കിനെ ഒന്ന് പിടിച്ചു കെട്ടിയിടണം അവിടുന്ന് നിങ്ങളുടെ എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും ഓ ഓ ഉം ശരി ഓഹോ അങ്ങനെയോ രണ്ടു മൂന്ന് വാക്ക് ിൽ വെച്ചോളാം രണ്ടു മൂന്ന് വാക്ക് അതായത് ഉള്ളിലേക്ക് കയറ്റാനേ പാടില്ല എന്തെങ്കിലും പറയുമ്പോ വരൂ ഞാൻ അങ്ങനെയാണോ അങ്ങനെയാണോ ഓഹോ ശരി അങ്ങനെയോ ശരി അങ്ങനെ പറഞ്ഞാൽ അതങ്ങട്ട് വിട്ടുപോവുക എന്നാണ് എന്നിട്ട് കുറച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഭാഗവതമോ എന്തെങ്കിലുമൊക്കെ എടുത്ത് വായിച്ച് സത്സംഗമാക്കി തീർത്ത് നാവിന്റെ ഒരു തപസ്സാണത് നാവിന്റെ ഒരു തപസ് കഴിയുമെങ്കിൽ മൗനം പക്ഷെ മൗനം വളരെ ബലവത്താണ് എല്ലാവർക്കും പറ്റില്ല അതുകൊണ്ട് എന്തെങ്കിലും സത്സംഗമായിട്ട് സംവാദം മാറ്റി മാറ്റി എടുത്തുകൊണ്ടിരിക്കണം അങ്ങനെ നാവിനെ നിയന്ത്രിച്ചു നിർത്തണം എന്ന് അഞ്ചു പേരിൽ നിന്ന് അഞ്ചു പാഠം ആറാമത്തത് ഒരു വിചിത്രമായ ഒരു ഗുരു അല്ല ഇനിയിപ്പോ വരാൻ പോകുന്നത് വിചിത്രമായ ഒരു ഗുരു ഇദ്ദേഹം ജനക മഹാരാജാവിന്റെ രാജധാനിയുള്ള മിഥിലാപുരിയിലേക്ക് ചെന്ന് അവധൂത് അവിടെ ഒരു മണിമാളിക മണിമാളിക ആരുടെയാണ് എന്ന് ചോദിച്ചു അതൊരു ദാസിയുടെയാണ് ഒരു വേഷ്യസ്ത്രീയുടെ ആണെന്ന് അന്ന കാലത്ത് അന്നത്തെ കാലത്തെ രാജസദസ്സില് അങ്ങനെയൊക്കെ ഉണ്ടാവും അവളുടെ മണിമാളികയാണ് അവൾക്ക് പിങ്കള എന്ന് പേര് ഈ അവതൂതൻ അവരുടെ വീട്ടിന് മുമ്പിൽ ചെന്നിരുന്നു ഈ സ്ത്രീ അലങ്കരിച്ച് നല്ലവണ്ണം അലങ്കരിച്ച് ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് വീട്ടിന് മുമ്പിൽ വന്ന് നിൽക്കും നിന്ന് കുറച്ചു നേരം ആരെങ്കിലും വരണ്ടോ നോക്കി പിന്നെ വീട്ടിനകത്തേക്ക് ചെന്നു കുറച്ചു കഴിഞ്ഞ് വീണ്ടും വസ്ത്രം മാറ്റി വീണ്ടും വന്നു വീണ്ടും അകത്തേക്ക് ചെന്നു ഇങ്ങനെ കുറെ നേരം മാറി മാറിക്കൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോ ആരെയും കാണാനില്ല അവളങ്ങനെ നോക്കി അവൾക്ക് വരുന്നവർ ആരും നിത്യമല്ലെന്നോ നോക്കി ഈ അവധൂതന്റെ മേലെ ദൃഷ്ടി വീണു ഈ അവതൂതന്റെ ദൃഷ്ടി അവളുടെ മേലെ വീണതും അവൾക്ക് പരമവിരക്തി ഉണ്ടായി വൈരാഗ്യം ഉണ്ടായി അവൾക്ക് അവളെക്കുറിച്ച് തന്നെ നിന്ദ്യമായി തോന്നി ഞാൻ ഇങ്ങനെ ജീവിക്കണമല്ലോ അഹോമേ മോഹവിതതിം പശ്യത് അഭിജിതാത്മനഹ യാകാന് അസത കാമം കാമയേയന ബാലിഷാം ഞാൻ എന്തൊരു മഠയത്തരമാ കാണിച്ചത് ഇത്ര കാലം എന്ത് മഠയത്തരത്തോടുകൂടെ ഞാൻ ജീവിച്ചു അഹോ മേ ഞാൻ എത്ര അസത്താണ് ഇന്ദ്രിയ ജയമില്ലാത്ത ഞാൻ എല്ലാവർക്കും അവരവർക്കായിട്ട് ഒരു കാന്ത ഒരു ഭർത്താവുണ്ട് എനിക്ക് ഭർത്താവില്ല അസത്തായ ഞാൻ പുറമേ നിന്ന് വരുന്നവരൊക്കെ എന്നെ സുഖിപ്പിക്കും എന്ന് കരുതി കാത്തുകൊണ്ടിരുന്നു കാലം കഴിയും തോറും എന്നെ വിട്ടുപോയി എനിക്കിന്നീ ഒരു ഭർത്താവ് വേണം വിവാഹം കഴിക്കാൻ പോവുകയാണോ എന്ന് വെച്ചാൽ അല്ല എന്താന്ന് വെച്ചാൽ വിവാഹം കഴിക്കണ ഭർത്താവും എന്നെങ്കിലും ഒരു ദിവസം പോകും അയാളുടെ സ്ഥിതി ഇത് തന്നെ എനിക്കൊരു ഭർത്താവ് വേണം ആ ഭർത്താവ് ഒരിക്കലും എന്നെ വിട്ടു പിരിയരുത് ആ ഭർത്താവ് എനിക്ക് നിരന്തരം ആനന്ദത്തിനെ തരണം ആ ഭർത്താവ് നിത്യനായിട്ടിരിക്കണം അങ്ങനെ ഒരു ഭർത്താവിനിപ്പോ ആർക്കെങ്കിലും തിരഞ്ഞിട്ട് കിട്ടുമോ ഏത് ഭർത്താവ് കിട്ടിയാലും അദ്ദേഹം മരിച്ചു പോവും അദ്ദേഹത്തിന് എപ്പോഴും സൂചിപ്പിക്കാൻ പറ്റില്ല എപ്പോഴും ആനന്ദം തരാൻ പറ്റില്ല ഈ പിങ്കളെ പറയണു അങ്ങനെ ഒരു ഭർത്താവ് അങ്ങനെ ഒരു ഭർത്താവ് എവിടെ കിട്ടുന്ന വെച്ചാൽ കിട്ടിയെന്നാ പറയണവൾ എവിടെ കിട്ടിയെന്ന് വെച്ചാൽ എന്റെ ഹൃദയത്തിൽ തന്നെ കിട്ടി എന്റെ ഹൃദയത്തിൽ തന്നെ ഒരു രമണൻ ഉണ്ട് എന്നെ രമിപ്പിക്കുന്നവൻ രമണൻ എന്നുള്ള വാക്കിന് ആത്മാ എന്നർത്ഥം രമിപ്പിക്കുന്നവൻ ആനന്ദിപ്പിക്കുന്നവൻ എന്നർത്ഥം എന്റെ ഹൃദയത്തിൽ അന്തര്യാമി രൂപേണ എന്നെ സദാ ആനന്ദിപ്പിക്കുന്നതും എന്നിൽ നിന്ന് അല്പം പോലും ഡിസ്റ്റൻസ് ഇല്ലാത്തതും എന്റെ സ്വസ്വരൂപവും സച്ചിദാനന്ദമയവുമായ ഒരു വസ്തുവിനെ ഞാൻ എന്റെ അന്തർഹൃദയത്തിൽ കണ്ടിരിക്കുന്നു സന്തം സമീപേ രമണംപ്രദം വിത്തപ്രദം നിത്യമിമം വിഹായ അകാമം ദുഃഖഭയാധിശോകമോഹപ്രദം തുച്ഛമഹം ഭജേജ്ഞാം സന്തം സമീപേ രമണംപ്രദം എനിക്ക് ഏറ്റവും സമീപത്തിൽ ഇനി സമീപത്തിലാവാം വയ്യ അത്ര അടുത്തിരിക്കണം ഭഗവാൻ നമ്മളുടെ സ്വസ്വരൂപമാണ് നമ്മളിൽ നമ്മളായിട്ട് എന്നിൽ ഞാനായി അവബോധമായി സ്വരൂപമായി ഭഗവാൻ ഇരിക്കുമ്പോ ആ ഭഗവാനെ വിട്ടിട്ട് നിത്യ ആനന്ദരതിയെ ഭഗവാനെ വിട്ടിട്ട് പുറമേക്കുള്ള വസ്തുക്കൾ അകാമതം ദുഃഖ ഭയ ആദി ശോക മോഹപ്രദം പുറമേ നിന്ന് എന്ത് പദാർത്ഥമാണെങ്കിലും ഞാൻ ആശ്രയിക്കുമ്പോ അത് പൂർണ്ണമായും ഇറ്റ് വിൽ നോട്ട് സാറ്റിസ്ഫൈ മൈ ഡിസയേഴ്സ് അകാമതം മാത്രമല്ല അത് എന്നെങ്കിലുമൊക്കെ വിട്ടുപോകുമ്പോൾ ദുഃഖമുണ്ടാവും ദുഃഖം പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് ശോകമുണ്ടാവും ശോകം അത് കയ്യിലുള്ളപ്പോ തന്നെ എന്നെ വിട്ടുപോകുമോ എന്ന് ഭയമുണ്ടാകും ഭയം അതിൽ തന്നെ ഈ ആംഗസൈറ്റി ഉണ്ടായ ഉണ്ടായ ആധി മോഹപ്രദം ഭഗവാനെ മറന്ന് അതിലൊക്കെ ചെന്ന് വീണുപോകും തുച്ഛമഹം ഭജേജ്ഞായി തുച്ഛമായ വസ്തുക്കളെയൊക്കെ അജ്ഞാനിയായ ഞാൻ ഇത്രയും ദിവസം ഭജിച്ചുവല്ലോ അന്തര്യാമിയായ എന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവനെ ഞാൻ മറന്നു ഈ ശരീരമോ യത് അസ്ഥിബിഹി നിർമ്മിത വംശ്യ വംശ്യ സ്ഥൂണം ത്വചാരോമനഖൈ പിനദ്ധം ചരന്നവദ്വാരമേതത് വിൻമൂത്രപൂർണം മധുപൈതി കാന്യാ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായി സച്ചിദാനന്ദൈകരസമായി ശാന്തിയെ സ്വരൂപമായിട്ടിരിക്കുന്ന അന്തര്യാമിയെ വിട്ടിട്ട് ഞാൻ എന്തിനെ സ്വീകരിച്ചു എന്ന് വെച്ചാൽ ഈ വരുന്ന പുരുഷന്മാരൊക്കെ ഇവരുടെ ശരീരം എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു അസ്ഥിബിഹി നിർമ്മിതം ഒരു വീട് കെട്ടണമെങ്കിൽ കൂര കൂര കെട്ടണമെങ്കിൽ മുള വേണം ഈ ബിൽഡിംഗൊക്കെ കെട്ടണമെങ്കിൽ ഉള്ളിൽ കമ്പി വെച്ചിട്ടുണ്ട് ആ കമ്പി പോലെ ഈ ശരീരത്തിലും കമ്പികളുണ്ട് എന്താ അസ്ഥിബിഹി വംശ്യ വംശ്യ സ്തൂണം അസ്ഥികൾ എല്ലുകൾ തന്നെയാണ് തൂണും മുളക്കൊമ്പ് കൊണ്ടുണ്ടാക്കിയ തൂണു പോലെ ഉള്ളിൽ വെച്ച് കെട്ടിയിരിക്കുന്നു ത്വചാ രോമനൈഹി പിനധം തോലുകൊണ്ട് മൂടിയിരിക്കുന്നു അല്ലെങ്കിൽ കാക്ക പുറകെ വരും ഉള്ളിലുള്ള വസ്തുക്കളെ തിന്നാൻ രോമൻ അഖൈഹി പുറമേക്ക് രോമം അതിന് നഖം ഇതൊക്കെ വെച്ച് മൂടി ചരൻ നവദ്വാരം ഒമ്പത് ദ്വാരങ്ങളിലും മലമൊഴുകിക്കൊണ്ടിരിക്കണമെന്നാണ് കണ്ണ് ജവി മൂക്ക് നാക്ക എല്ലാ ദ്വാരങ്ങളിലൂടെയും മലം പുറമേക്ക് ശ്രവിച്ചുകൊണ്ട് ക്ഷരൻ നവദ്വാരം അകാരമേതത് ഈ വീട് എല്ലാ ദ്വാരങ്ങളിലൂടെയും മലമൊഴുകുന്ന ഈ വീട് വിൻമൂത്ര പൂർണ്ണം മലമൂത്രങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ മാംസപിണ്ട ശരീരത്തിന് ഞാനല്ലാതെ വേറെ ആരെങ്കിലും പോയി ആശ്രയിക്കുമോ ഇത്രകാലം മഠയത്തരം കാണിച്ച് ഞാൻ ആശ്രയിച്ചുവല്ലോ ഈ വിദേഹ നഗരത്തില് ജനകമഹാരാജാവിന്റെ നഗരത്തിൽ ഞാൻ ഒരുത്തിയ ഉള്ളൂ മൂഢ ഞാനാണ് മൂഢ അന്യമിച്ചന്തി അസതി അസ്മാത് ആത്മദാത് കാമം അച്യുതാത് അച്യുതനെ വിട്ടിട്ട് പുറമേ വസ്തുക്കളിൽ നിന്ന് സുഖം കിട്ടും എന്ന് വിചാരിച്ചു ഇനി ഞാൻ ചെയ്യില്ല ഇത്രകാലം സുഹൃത്തും പ്രേഷ്ഠതമനുമായ നാഥനെ വിട്ടിട്ട് ഭോഗത്തിനെ വാങ്ങിക്കുകയായിരുന്നു ഇപ്പൊ ഞാൻ എന്നെ തന്നെ വിറ്റിട്ട് ആ ഭഗവാനെ വാങ്ങിക്കാൻ പോണൂന്ന് എന്നെ ഭഗവാന് കൊടുത്തിട്ട് സുഹൃപ്രേഷ്ഠതമോ നാഥ ത്മാചായം ശരീരിണം തം വിക്രി ആത്മനൈവാഹം രമേ അനേന യഥാരമാ ഈ പിങ്കളെ പറയാണ് ഞാനും മഹാലക്ഷ്മിയും തുല്യം എവിടുന്ന് അവൾക്ക് ഇത്ര ധൈര്യം ലക്ഷ്മിദേവിയോട് തന്നെ ഉപമിക്കാൻ അവൾക്ക് എവിടുന്ന് ധൈര്യം വന്നു എന്ന് വെച്ചാൽ അവൾ പറയാണ് ലക്ഷ്മിദേവിയുടെ സ്വഭാവം എന്താ ഭഗവാനെ വിട്ടു പിരിയാതെ ഇരിക്കുന്നതാണ് ലക്ഷ്മിയുടെ സ്വഭാവം അവൾ പറയുന്നു ഞാനും ഇത് അസുഹൃത്തും േഷേഷ്ഠതമനുമായിട്ടുള്ള ഭഗവാനെ എന്റെ സ്വന്തമാക്കി തീർത്ത് എന്നെ ആ ഭഗവാനെ ഞാൻ ആ ഭഗവാനുമായി നിരന്തരം ആത്മാവായ ഭഗവാനുമായിട്ട് പുറമേക്കുള്ള ഭഗവാനല്ല എല്ലാ വസ്തുക്കളെയും നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമ്മളോട് തന്നെയുള്ള പ്രിയം കൊണ്ടാണ് ഏറ്റവും പ്രേഷ്ഠതമുമായി തന്നോടുള്ള പ്രിയം കൊണ്ടാണ് അതുകൊണ്ട് ആത്മാവിനെ സ്വീകരിച്ച് ആത്മാവുമായി ഞാൻ രമിക്കും എന്ന് തീരുമാനിച്ച് ആ പിങ്കള ഇത്ര ദിവസം ഉറങ്ങിയിട്ടേ ഇല്ല എന്റെ ആരുവരും പോകും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തീരുമാനിച്ചു സന്തുഷ്ട ശ്രദ്ധദത്യേദ യഥാലാഭേന ജീവതീ വിഹറാമീ അമുനൈവാഹം ആത്മനാ രമണേനവൈ എല്ലാരും സന്തോഷ സന്തുഷ്ടയാണ് ഞാനിപ്പൊ എല്ലാരും കേൾക്കുക ഞാൻ ആത്മാവാകുന്ന രമണനുമായി രമിച്ചുകൊണ്ട് ഇനി ലോകത്തിൽ യാതൊന്നിലും പെട്ടുപോകില്ല ആത്മീവ ത്മനോ ഗോപ്താം നിർവിദ്യേത യഥാഖിലാത് അപ്രമത്ത ഇതം പശ്യേത് ഗ്രതം കാളാഹിന ജഗത് ഏവം വ്യവസിതമതി ദുരാശാ കാർഷാം ചിത് ഉപശമ ആസ്ഥയ ശയ്യാ ഉപവിവേഷ കട്ടിൽ ചെന്ന് കടന്നു പോലെ പിങ്കള എന്നിട്ട് ഉറങ്ങി ഇത്ര ദിവസം ഉറങ്ങാത്തവൾ ഉറങ്ങി അപ്പൊ പാട്ടുപാടിക്കൊണ്ട് ഉറങ്ങി എന്താ പാടിയെന്ന് വെച്ചാൽ ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം യഥാ സഞ്ചിന്യ കാശാംപ പിങ്കള പിങ്കള ഉറങ്ങി എന്ന് വെച്ചാൽ എന്തർത്ഥം നിർവികൽപ്പ സമാധിയിൽ ലയിച്ചു എന്നർത്ഥം പുറമേക്ക് അണഞ്ഞുകൊണ്ട് നടക്കുന്ന മനസ്സിന് വിഷയേഭ്യപ്രതിസംഹൃത്യ ആത്മനി സമാധാനം സ്വരൂപത്തിൽ സമാധാനം ചെയ്ത് ആത്മനാ നാരായണേന് ഹൃദയാകാരെ നിർവികൽപ്പേ സമാധു സുഖം സുഷാപ പിങ്കള നിർവികൽപ്പമായ സമാധിയിൽ സുഖമായി ഈ പിങ്കള ഉറങ്ങി ഈ പിങ്കള എന്ന് പറയുന്നത് ആരാണ് നമ്മളൊക്കെ തന്നെ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ്ഫുള്ളായിട്ടുള്ള ഒരു സിമിലി പ്രയോഗിച്ചിരിക്കുകയാണ് ഒരു വേഷ്യ അവൾ എന്ത് ചെയ്യുന്നു അവൾക്ക് നിത്യസംബന്ധം ആരോടും വരുന്ന വസ്തുക്കളോടൊക്കെ സംബന്ധം ഇതാണ് നമ്മളൊക്കെ ഈ ജീവൻ ജീവന് യഥാർത്ഥത്തിൽ ഏത് ഭഗവാനോട് സംബന്ധമുണ്ടോ ഏത് പ്രഭുവിനോട് നിത്യ സംബന്ധമുണ്ടോ ആ പ്രഭുവിനെ വിട്ടിട്ട് പുറമേക്കുള്ള സകല പദാർത്ഥങ്ങളോട് സംബന്ധം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഇവൾ എന്ത് ചെയ്തു ഡ്രസ് മാറിയിട്ടുകൊണ്ടേ വന്നു അതാണ് നമ്മളും ചെയ്യുന്നത് ഓരോ ശരീരമായി മാറി മാറി ജന്മജന്മങ്ങൾ വാസാം സുജീർണാനി യഥാ വിഹായ നവാണി ഗൃഹാതി നരോപരാണി തഥാശരീരാണി വിഹായ ജീർണാനി അന്യാണി സംയാതി നവാണി ദേഹി വസ്ത്രം മാറ്റി മാറ്റി ഇട്ടുകൊണ്ടുവന്നാൽ പല പേരോട് സംബന്ധം അവസാനം മനസ്സിലാക്കുന്നു ഈ പുറമേ സംബന്ധം ഇരുന്നാൽ ശാന്തിയില്ല എപ്പോ പുറമേക്കുള്ള സംബന്ധം വിട്ട് ഹൃദയത്തിലുള്ള ആത്മാവിനെ വിവാഹം കഴിക്കണമോ ആത്മപരിണയം ആത്മാവിനെ പരിണയം ചെയ്താൽ ആ പരിണയം നിത്യമായിട്ടിരിക്കും ആത്മാവിനെ വിവാഹം ചെയ്താൽ ആ വിവാഹം നിത്യമായിരിക്കും എന്നുള്ളത് പിങ്കളെ കാണിച്ചു അപ്പൊ ആശയേയില്ല നഷ്ടപ്പെട്ടു പോകുക അങ്ങനെ പിങ്കളോപാഖ്യാനം പിങ്കള ഈ അവധൂതന് ഒരു ഗുരു അടുത്തത് ഒരു കുരരം കുരരം എന്ന് വെച്ചാല് ഈ എന്താ പറയാ പരുന്ത് പരുന്ത് ഒരു മാംസ കഷ്ടം കൊണ്ട് ആകാശത്തിൽ പറക്കുന്നു കാക്കകൾ പുറകെ കൂടി കൊത്തിക്കൊണ്ടേയിരിക്കുന്നു കാക്കകൾ ഈ മാംസത്തിനു വേണ്ടിയാണ് പിന്നാലെ ഓടിക്കണത് അവസാനം ഈ പരുന്ത് മാംസത്തിന്റെ പിടിവിട്ടപ്പോ കാക്കകൾ പരുന്തിനെ വിട്ട് മാംസത്തിന്റെ കൂടെ പോയി കാക്കകളെ പോയി പരിന്തിനെ വിട്ടു ഇത് കണ്ടപ്പോ അവതൂതന ഒരു കാര്യം പഠിച്ചു നമ്മളും ഇതുപോലെയാണ് വസ്തുക്കളെയൊക്കെ ശേഖരിച്ചു വെച്ച് എന്റെ എന്റെ വിൽ വിൾവേസ് ഇൻ ടെൻഷൻ ശരീരത്തിനെ താനെന്ന് ധരിച്ച അതും പരിഗ്രഹമാണ് ശരീരമാവുന്ന മാംസപിണ്ടത്തിനോട് ഒട്ടി നിന്നാൽ ദുഃഖമാവുന്ന കാക്കകൾ അവസാനം കൊത്തിക്കൊണ്ടിരിക്കും പുറമേക്കുള്ള പദാർത്ഥങ്ങളല്ല ദേഹം തന്നെ മാംസപിണ്ഡം നശ്വരമായ ദേഹത്തിനെ ഈ പരു പിടിക്കുന്ന പോലെ പിടിച്ചുകൊണ്ടിരുന്നാൽ ദുഃഖങ്ങളാവുന്ന കാക്കകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല യാതൊരു വഴിയും ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല എനിക്ക് കണ്ടുപിടിക്കാനും പോണില്ല പരുന്തും മാംസത്തിന് വിട്ട പോലെ നമ്മളും ദേഹത്തിന് വിടാൻ പറ്റില്ല അദ്ദേഹത്തിന് എന്ത് ചെയ്യും നോൺ ഐഡന്റിഫിക്കേഷൻ യു നീഡ് നോട്ട് ഡ്രോപ്പ് ഇറ്റ് ബിക്കോസ് യു ഡോണ്ട് ഓൺ ഇറ്റ് ഹൗ ടു ഡ്രോപ്പ് ഇറ്റ് നമ്മളുടേതല്ല അത് നമ്മളുടേതല്ല എന്ന് അറിയലാണ് അതിന് വിടൽ നമ്മളുടേതല്ല എന്ന് അറിഞ്ഞാൽ ദേഹം ഞാനല്ല എന്ന് അറിഞ്ഞു വിട്ടാൽ ദേഹത്തിനെ കൊത്തുന്ന കാക്കകൾ കൊത്തിക്കൊണ്ടിരിക്കും പക്ഷെ നമ്മളെ കൊത്തില്ല നമ്മളെ അത് ബാധിക്കില്ല ആ സ്വാതന്ത്ര്യം നേടാനും ഈ പരിന്തിൽ നിന്നും പഠിച്ചു രണ്ട് അവധൂതൻ പറഞ്ഞു എനിക്ക് മാനമില്ല അപമാനമില്ല സുഖദുഃഖങ്ങൾ ബാധിക്കുന്നില്ല ആത്മക്രീഡ ആത്മരഥിഹി വിചരാമീഹ് ബാലവൻ ചെറിയ കുട്ടി വസ്ത്രം പോലും ഉടുക്കാതെ നടക്കും ആ കുട്ടിക്ക് മാനം അപമാനം ഒന്നുമില്ല ആ കുട്ടിയിൽ നിന്നൊരു പാഠം പഠിച്ചു വർത്തേയ തക്തമാന സുഖമതി ശിശുവത്തി നിസ്സഹായ ശരേയം കുട്ടിയെ പോലെ നിസ്സഹായൻ കുട്ടി നിസ്സഹായനാണ് പക്ഷെ നിസ്സഹായനാണെന്ന് അറിയില്ല ഏറ്റവും ബലവാനാണോ കുട്ടി അതുപോലെ സന്യാസിയും നിസ്സഹായനാണ് അയാളുടെ കയ്യിൽ പണമില്ല ബാങ്ക് ഡെപ്പോസിറ്റ് ഇല്ല അടുത്ത നേരത്തെ ആഹാരത്തിനുള്ള വകയില്ല എന്നാലും ഈസ് വെരി പവർഫുൾ എന്താ പവർഫുൾ ഈ കുട്ടിയെ പോലെ തന്നെ കുട്ടി നിസ്സഹായനാണെങ്കിലും ഇന്നലെ പറഞ്ഞ പോലെ ഒരു ഹിറ്റ്ലർ ആണെങ്കിലും ആ കുട്ടിയുടെ മുമ്പിൽ നാലു കാലിൽ നിൽക്കും എന്റെ മുതുകത്തിരുന്നോളൂ എന്ന് വന്നിട്ട് എത്ര വലിയ രാക്ഷസനാണെങ്കിലും കുട്ടിയെ ലാളിക്കും ഇരണ്യ കശുഭവും തോറ്റുപോയി അപ്പൊ കുട്ടി പവർഫുള്ളാണ് അതേപോലെ അവധൂതനും കുട്ടിയെ പോലെ നിഷ്കളങ്കനായാൽ സ്വാതന്ത്ര്യം അങ്ങനെ കുട്ടി അടുത്തത് കന്യക്ക ഒരു കന്യക പെണ്ണു കാണാൻ വീട്ടിലാൾ വന്നിരിക്കുമ്പോ ഇവൾ പുറകുവശത്തിൽ അരിയിടിക്കുകയാണ് ഒലയ്ക്കുണ്ട് കയ്യിൽ ധാരാളം വളയുണ്ട് ശബ്ദം കെട്ട് ആ പെണ്ണു കാണാൻ വന്നിരിക്കുന്നവരെ നോക്കണം അപ്പൊ നാണം തോന്നിയിട്ട് ഈ ശബ്ദിക്കാതിരിക്കാൻ വേണ്ടി ഇവൾ വള കയ്യിലുള്ള വളകളൊക്കെ അഴിച്ചു അവസാനം ഈ രണ്ട് വളകൾ രണ്ട് കയ്യിലും അപ്പോഴും ശബ്ദം അതും അഴിച്ചു ഓരോ വളയായപ്പോ ശബ്ദമില്ല അപ്പൊ ഒരു തത്വം പഠിച്ചു ഈ കയ്യിലൊരു വിള ഈ കയ്യിലൊരു വള ഒന്നൊന്നായി നിൽക്കുമ്പോൾ ശബ്ദിക്കുന്നില്ല രണ്ടെണ്ണം ചേർന്ന് ചേർന്ന് നിന്നാൽ ശബ്ദിക്കണം നമ്മളും അതുപോലെയാണ് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണെങ്കിൽ ശബ്ദിക്കില്ല കൂട്ടത്തിലാണെങ്കിൽ ഇപ്പൊ ഒരു അഞ്ചു മിനിറ്റ് പ്രഭാഷണം നിർത്തിയാൽ മതി ഇവിടെ കാണും അപ്പോ അധ്യാത്മ സാധനയൊന്നും കൂട്ടത്തോടെ പറ്റില്ല എന്നാണ് അധ്യാത്മസാധന ജപം ധ്യാനം ഇതൊന്നും കൂട്ടമായിട്ടില്ലേ ഇല്ല മോക്ഷത്തിലേക്ക് മാത്രം കൂട്ടമായിട്ടുള്ള എൻട്രിയേ ഇല്ല ഒക്കെ തനിയെ തനിയെ തനിയെ തനിയെ തനിയാണ് ഏകയേവ ചരെത്തസ്മാത് കുമാര്യ ഇവ കങ്കണ പാസേ ബഹൂനാം കലഹ നാലുപേരു കൂടിയ കലഹം ചീട്ടുകളിൽ ദ്വയോർ വാർത്താ ഭവേദി രണ്ടുപേരാണെങ്കിലോ പരസ്പരം എന്തെങ്കിലും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും തനിയാണെങ്കിലോ ഏകയേവ ചരെത്തസ്മാത് കുമാര്യ ഇവ കങ്കണ വർത്തമാനം പറയാനും ആളില്ല ഷണ്ട കൂടാനും ആളില്ല നമ്മളുമായി ഭഗവാനുമായി ഏകാന്ത സ്ഥിതി ഇന്ദ്രിയോപരമണേ ഹേതു ഏകാന്തത്തിലിരുന്ന് ധ്യാനിക്കാം അത് കന്യകയിൽ നിന്നും പഠിച്ചു മനസ്സിനെ ഒരേ വസ്തുവിൽ നിർത്തുക തത്വം അമ്പുണ്ടാക്കുന്ന ആളിൽ നിന്ന് പഠിച്ചു അദ്ദേഹം അമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്പിനെ മൂർച്ഛപ്പെടുത്തുമ്പോ വഴിയിലൂടെ രാജാവ് വലിയ സൈന്യമായിട്ട് പോണതൊന്നും ശ്രദ്ധിച്ചതേയില്ല അത് കണ്ടപ്പോ ഈ അവതൂതൻ തീരുമാനിച്ചു ഇതുപോലെ എനിക്ക് സമാധി സിദ്ധിക്കണം ആത്മധ്യാനത്തിൽ ദാർഢ്യമുണ്ടാവണം വൈരാഗ്യ അഭ്യാസം കൊണ്ട് മനസ്സിനെ ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവരൂപത്തിലുള്ള ഉണർവിൽ നിർത്തണം യൻ മനോലബ്ധപദം യനൈ ശനൈ മുഞ്ജതി കർമ്മേണൂൻ സത്വന വൃദ്ധേന രജസ്തമ വിധൂയ നിർവാണം ഉപൈതി അനിന്ധനം തദൈവം ആത്മനി അവരുദ്ധചിത്തോ നേദക്കിഞ്ചിത് ബഹിരന്തരം വാരോ നൃപതിജന്ത ഇഷൗ ഗതാത്മാനദർശർശ്വേ ഈ അമ്പുണ്ടാക്കുന്ന ആള് ചുറ്റും നടന്നതൊന്നും അറിയാത്തതുപോലെ തദൈവം അതേപോലെ തന്നെ ആത്മനി അരുദ്ധചിത്ത പുറമേക്ക് അറിഞ്ഞു നടക്കുന്ന ചിത്രത്തിനെ തിരിച്ചു കൊണ്ടുവന്ന് എല്ലാ ചിത്രവൃത്തികളും വരുമ്പോ ആർക്ക് വരുന്നു എനിക്ക് വരുന്നു ഈ ഞാൻ ആരാണ് ഞാൻ എന്ന് പറയുന്നത് എന്താണ് ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്ന് പറയണമല്ലോ ഇതിന്റെ സ്വരൂപം എന്താണ് എന്നിങ്ങനെ ചിത്രത്തിനെ മനസ്സിനെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് സ്വരൂപത്തിൽ കൊണ്ടുവന്ന് നിർത്തിയാൽ അങ്ങനെ പരിശീലിച്ചുകൊണ്ടേയിരുന്നാൽ നവേദ കിഞ്ചിത് ബഹിഹി അന്തരം വാം വെളിയില് അകമേക്ക് എന്നുള്ള ഭേദമൊന്നുമില്ലാതായാൽ ുംജന്തം ഈഷൗ ഗതാത്മാനദർശപാർശ്വേ ശനൈഹി മുഞ്ചതി കർമ്മേണൂ മനസ്സിങ്ങനെ ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവ ബോധത്തിൽ നിൽക്കുന്തോറും പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ കർമ്മം ചെയ്യാനുള്ള ടെൻഡൻസി വാസന ഡിസയേഴ്സ് വാസനകളൊക്കെ ഇല്ലാതായിട്ട് സത്വഗുണം അഭിവൃദ്ധിപ്പെടും രജസും തമസ് നീങ്ങും പതുക്കെ മനസ് എന്ന് പറയുന്ന ആ ചിത്തം എന്ന് പറയുന്ന ആ ശക്തി ഇറ്റ് വിൽ ഗെറ്റ് ബ്ലൂൺ ഔട്ട് നിർമ്മാണ ഉപയോഗി അനിന്ധനം ഗ്യാസ് തീരുമ്പോ സിലിണ്ടർ കാലിയാവുന്ന പോലെ തീ കെടുന്ന പോലെ മനസ്സ് അടങ്ങിപ്പോകും ഈ തത്വം ഈ അമ്പുണ്ടാക്കുന്നവനിൽ നിന്നും പഠിച്ചു ഇനിയിപ്പോ എവിടെയാ താമസിക്കുക ആശ്രമം കിട്ടണോ എന്നൊരാലോചന അപ്പോഴാണ് ഒരു പാമ്പ് ഇങ്ങനെ പോണത് കണ്ടു പാമ്പ് പോയിട്ട് ഒരു എലിയുടെ മാളത്തിൽ ചെന്ന് ആഹാ നല്ല സമർത്ഥൻ സ്വയം വീടൊന്നും ഉണ്ടാക്കണില്ല ആരെങ്കിലും ഉണ്ടാക്കി വെച്ചതിൽ കയറിയിരിക്കുന്നു നമ്മളും അതുപോലെ മതി ഇനിയിപ്പോ ടാക്സ് ഇൻകം ടാക്സ് കൊടുക്കുക നമ്മളുടെ പേരിൽ ആരെങ്കിലും ഒക്കെ കേസ് ഇടുക ഈ ഏർപ്പാടൊന്നും വേണ്ട എവിടെയെങ്കിലുമൊക്കെ ഗുഹ സത്രം ആരെങ്കിലും ഒക്കെ കെട്ടിവെച്ച് തലയിൽ വെയിറ്റോടുകൂടെ ആശ്രമം നടത്തുന്നുണ്ടല്ലോ അവിടെ പോയി ഇരിക്കുക സുഖമായിട്ട് അങ്ങനെയൊക്കെ അവിടെയും ഇവിടെയും ആ സ്ഥലത്തും ഈ സ്ഥലത്തും സത്രത്തിലും അവിടെയും ഇവിടെയും ഒക്കെ കിടന്നിട്ടോ ഗുഹയിൽ കിടന്നിട്ടോ തലയ്ക്ക് കൈവെച്ച് കിടന്നിട്ടോ വാടക വീടാണെങ്കിൽ നമുക്ക് പ്രശ്നമേ ഇല്ല അവിടെ പൊളിഞ്ഞു വീണാലും പ്രശ്നമില്ല ബൾബ് പോയാലും പ്രശ്നമില്ല എന്ത് വീണാലും പ്രശ്നമില്ല അറുപത് വർഷം ഒരു വീട്ടിൽ വാടകയ്ക്ക് ഇരുന്നാലും കുഴപ്പമില്ല അറുപത്തി ഒന്നാമത്തെ വർഷം ആ വീട് വാങ്ങിച്ചാൽ അടുത്ത ദിവസം ഒന്നുമില്ല ഒരു സിഗ്നേച്ചറെ വ്യത്യാസമുള്ളൂ ഇത്ര ദിവസം വർഷം ഇരുന്നുവല്ലോ അത്രയും വർഷം ഇനി ഇരിക്കാൻ പാടില്ല അതല്ലോ എന്നാലും അത് കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും ഒക്കെ ചുണ്ണാമ്പ് പൊട്ടി വീണാ മതി തുടങ്ങും എന്റെ വീട് കാണാൻ സൗന്ദര്യമില്ല പെയിന്റ് അടിക്കണം എന്താന്ന് വെച്ചാൽ എന്നെ കൊണ്ടുപോയി അത് ഒട്ടി പിന്നെ അതിന്റെ ഒക്കെ എനിക്ക് ബാധിക്കും എന്നെ തൻറ്റേതായിട്ടൊന്നും അവൻ സ്വതന്ത്രനാണ് എന്നുള്ളത് പഠിച്ചു സർപ്പത്തിൽ നിന്നും പിന്നെ എട്ടുകാലി വലം ഉണ്ടാക്കി പ്രാണികളെ പിടിക്കുന്ന പോലെ ഭഗവാനും ജീവനെ കൃപ കൊണ്ടുപിടിക്കുന്നു വലയുണ്ടാക്കുന്ന പോലെ തന്നെ ഭഗവാൻ സൃഷ്ടി ചെയ്ത് സംഹരിക്കുന്നു യഥോർണ്ണനാഭി സൃജത്തെ ഗൃഹത്തെ ച യഥാഥി മോഷതയംഭവന്തി യഥാ സദ പുരുഷാത് ലോമ കൈശലോമാണി തഥാ അക്ഷരാത് സംഭവത്തി വിശ്വം അതേപോലെ അവസാനം വണ്ട് ഭ്രമരകീടന്യായം ഒരു കീടമൊരിടത്ത് വെച്ചിട്ട് ഈ ഭ്രമരം എന്ത് ചെയ്യും ആ കീടത്തിന് ഒരു കുത്തു കൊടുക്കും ഒരു കുത്തുകൊടുത്തു കഴിഞ്ഞാൽ ആ കീടം ആ ഭ്രമരത്തിനെ ചിന്തിച്ചുകൊണ്ടേയിരുന്ന് ആ ഭ്രമരമായിട്ട് തീരും അതുപോലെ ഈ ജീവനും ബ്രഹ്മത്തിനെ നിരന്തരം ധ്യാനം ചെയ്താൽ ബ്രഹ്മമായിട്ട് തീരും എന്ന് അതിൽ നിന്നും പഠിച്ചു ഇങ്ങനെ ഇരുപത്തിനാല് ഗുരുക്കന്മാര് അവസാനത്തെ ഗുരു ശരീരം തന്നെ ഈ ശരീരം തന്നെ ഒരു വലിയ ഗുരു എന്നാണ് ദേഹോ ഗുരുമം വിരക്തിവികഹേതുസ്മ സനിധനം സതതാപ്യുദർക്കനെയമൃശാമി യഥാ പാരക്കപസിതോ വിചരാമി അസംഗത്മജുഭൃത്യഗൃതവർഗാൻ പുഷാതിയത് പ്രിയചിഗീർഷു ചിഗീർഷുതയാ വിതൻവൻ സ്വാന്ദേ സഗ്രമവരുദ്ധനസദേഹ സൃഷ്ട്വാീജം അവസീദതി വൃക്ഷധർമ്മി ദേഹം നല്ല ആരോഗ്യമായിട്ടിരിക്കുമ്പോ മനസ്സ് ഇന്ദ്രിയങ്ങളൊക്കെ പല സ്ഥലത്തേക്ക് കൊണ്ടുപോകും ശരീരം തന്നെ ശരിക്കു ഉപയോഗിച്ചാൽ ഭഗവത് പ്രാപ്തിക്ക് കാരണമായിട്ട് തീരും ഇങ്ങനെ പല ഗുരുക്കന്മാരിൽ നിന്നും തത്വം ഗ്രഹിച്ച് ഏവം സഞ്ജാത വൈരാഗ്യോ ഈ ഭാഗത്തുനിന്ന് നമുക്ക് ഇനി അടുത്ത പ്രഭാഷണത്തിൽ തുടങ്ങാം ഓർമ്മപ്പെടു ഓർമ്മിപ്പിച്ചാൽ മതി ഏവം സഞ്ജാത വൈരാഗ്യോ വിജ്ഞാനാലോക ആത്മനീം വിചരാമി മഹീമേതാ മുക്തസംഗോ അഹങ്കാരമില്ലാതെ ജീവൻമുക്തനായി ഞാനിതാ ഈ ഭൂമിയിൽ സഞ്ചരിക്കണം ഇങ്ങനെ പലരിൽ നിന്നും തത്വം ഗ്രഹിച്ചതുകൊണ്ട് എന്റെ തത്വജ്ഞാനം പൂർണ്ണമായിരിക്കുന്നു അതിൽ നല്ല ദാർഢ്യം എനിക്ക് ഏർപ്പെട്ടിരിക്കുന്നു ഹേ രാജൻ എന്ന് രാജാവിനെ തത്വോപദേശം ചെയ്തു യദുമഹാരാജാവും ഈ തത്വജ്ഞാനം സ്വീകരിച്ച് സ്വയം ബ്രഹ്മനിഷ്ഠനായി ജീവൻമുക്തനായിട്ട് ജ്ഞാനിയായിട്ട് തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ സത്സംഗം ഇവിടെ പൂർത്തി ചെയ്യാണ് ഈ ഏഴ് ദിവസം അതീവ ശ്രദ്ധയോടുകൂടെ ഭക്തിയോടുകൂടെ രാവിലെയും വൈകുന്നേരവും കേട്ടിട്ടുള്ള നിങ്ങൾക്കൊക്കെ ഭഗവത് ഉണ്ടായി കഴിഞ്ഞു അത് ഉറപ്പിച്ചുകൊള്ളാം അത് ഇതിനെ ഇത്രയധികം ശ്രദ്ധയോടുകൂടെ നിങ്ങൾക്കൊക്കെ കേൾക്കാനായിട്ട് ഈ അരങ്ങ് ഒരുക്കി തന്ന് ഇവിടെ വിളിച്ചു വരുത്തി എനിക്കും സത്സംഗ ഭാഗ്യം തന്ന് അതിനുവേണ്ടി ഏർപ്പാട് ചെയ്ത ഗോപാലകൃഷ്ണപ്പ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഇനിയും കൂടുതൽ സത്സംഗം കിട്ടട്ടെ ആധ്യാത്മികമായി അവർക്കും കൂടുതൽ കൂടുതൽ ഈ ഭാഗ്യം സിദ്ധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവരും അതേ ആഗ്രഹിക്കുന്നുള്ളൂ അതുകൊണ്ട് ആ സത്സംഗ ഭാഗ്യം ഇനിയും കൂടുതൽ കൂടുതൽ കിട്ടി വൈരാഗ്യങ്ങൾ ഭഗവാൻ കൊടുത്ത് അനുഗ്രഹം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സത്സംഗത്തിനെ ഭഗവാന്റെ പാദത്തിൽ അർപ്പിക്കുന്നു സർ ഗോവിന സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദാ ജാനകീകാത്ത സ്മരണ ജയജേ രാമ രാമ ഹരനമു പാർവതീപതേ ഹരഹര മഹാദേത്രിഷാദഗ്ധപഞ്ചേഷു കീടം ശൂലഹതാരാതികൂട്ട ശുദ്ധവക്േന്ദുചൂടം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവദിവേശ ശംഭോ ശംഭോ മഹാദേവദേവ അംഗേ വിരാജുജംഗം അഭ്രഗംഗാതരംഗാഭിരാമോത്തോടീകുരംഗം സിദ്ധസംസേവിദാഘിം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവ ശംഭോ മഹാരേശംഭോ ശംഭോ മഹാദേവദ നിത്യം ചിദാനന്ദോകൈരി പ്രതാ കാർത്തസ്വരാഗേന്ദ്രചാവാസം ഭജേ ദിവ്യസന്മാർബന്ധു ശംഭോ മഹാദേവ ശിവ ശംഭോ മഹാദേവ ശംഭോ മഹാദേവേവന്തർപ്പർപ്പ്രമീശം ഠം മഹേശം മഹാവ്യോമകേശം കുന്ദന്തം സുരേശം കോട്ടിസൂര്യപ്രകാശം ഭജേ മാർഗന്ധു ശംഭോ ദ ശിവംഭോ മഹാദേവേശംഭോ ശംഭോ മഹാദേവദ മന്ദാരൂതേരുദാരം മന്ദാരഗേന്ദ്രസാരം മഹാഗൗര്യൂരം സിന്ധൂരൂര സിന്ധുരാജാതിധീരം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവദിഭോ മഹാദേവേശംഭോ ശംഭോ മഹാ സർവേ സുവിനസ്സന്തു സന്തു നിരാമയാേ ഭദ്രാണി പശ്യന്തു മാ കശിത് ദുഃഖഭാഗ് ഭവേത് ഒരു മിനിറ്റ് നേരം അതിനുശേഷം നിങ്ങൾക്ക് പിരിയാം അക്ഷത ഒന്നും ഉണ്ടോ യഥാർത്ഥത്തിൽ അക്ഷത എന്ന് പറയുന്നത് ക്ഷതം ഏൽക്കാത്തതാണ് അക്ഷത അത് ജ്ഞാനമാണ് അക്ഷത നമ്മൾ ഈ സത്സംഗത്തിൽ പങ്കെടുത്ത ജ്ഞാനം തന്നെയാണ് യഥാർത്ഥ അക്ഷത അല്ലാതെ ഈ കയ്യിൽ നിങ്ങൾക്കിപ്പോ തരുന്ന അക്ഷതയുണ്ടല്ലോ അത് അതിന്റെ ഒരു സിമ്പിൾ അത്രയുള്ളൂ ആ അക്ഷതയൊക്കെ നിങ്ങളിപ്പോ വീട്ടിൽ വാങ്ങി വെക്കുമ്പോ അതിപ്പോ സത്സംഗത്തിൽ പതിവായതുകൊണ്ട് ഇപ്പൊ അക്ഷത തരുന്നു ആ അക്ഷരയൊക്കെ വീട്ടിൽ വാങ്ങിവെക്കുമ്പോ അത് കാണുമ്പോ നിങ്ങൾക്ക് ഓർമ്മ വരണം ഈ ജ്ഞാനം ഓർമ്മ വരണം ഈ ഏഴ് ദിവസം ഇവിടെ കേട്ടത് മനനം ചെയ്ത് ഉറപ്പിച്ചാൽ അതാണ് അക്ഷത അതാണ് ഗുരുദക്ഷിണ അതാണ് എല്ലാം ആ അനുഭവത്തിൽ ദാർഢ്യമാണ് നമുക്ക് ഗുരുദക്ഷിണ എന്ന് വെച്ചാൽ എനിക്കുള്ള ഗുരുദക്ഷിണയല്ല ശുഖബ്രഹ്മ മഹർഷിക്ക് ഐ ആം ഓൺലി എൻ ഇൻസ്ട്രുമെന്റ് അത്രയുള്ളൂ ശുഖബ്രഹ്മ മഹർഷിക്ക് ഭഗവാൻ ഉപദേശിച്ച് ഈ തത്വത്തിന് ഭഗവാനെ തന്നെ ഗുരുവായി എടുത്തുകൊള്ള ആ ഭഗവാൻ തന്ന് ആ ജ്ഞാനത്തിന് ഭഗവാൻ നമുക്ക് എന്ത് ദക്ഷിണ കൊടുക്കാൻ കഴിയും ഭഗവാൻ കൊടുക്കുന്ന ദക്ഷിണ ഈ ജ്ഞാനത്തിനെ ആശ്രയിച്ച് ജീവിക്കുക ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് അവസാന ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട്